തമൈ ശ്രീ ഗുരവേ നമ സദാശിവസമാരംഭാ गुरु ഗുരുപരംപരാ സാധനാ പഞ്ചകത്തിന്റെ ആദ്യ ശ്ലോകം ആരംഭിച്ചു ഇന്ന് തുടങ്ങാൻ കുറച്ചു വൈകി ഇതിന്റെ പ്രവർത്തകര് ക്ഷണിക്കാൻ വന്നപ്പോ തന്നെ പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച ഒഴിവാക്കാൻ വയ്യ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ പരമാവധി നേരത്തെ വരാമെന്ന് ശരി ഏതായാലും ഇന്നലെ നമ്മൾ ഒന്നാം ശ്ലോകത്തിലെ നാല് ഉപദേശങ്ങളെയാണ് ശ്രദ്ധിച്ചത് വേദ നിത്യം അധീയതാം വേദം ദിവസവും പഠിക്കപ്പെടട്ടെ പോരാ പഠിച്ചതുകൊണ്ട് കാര്യമില്ല തതുതിതം കർമ്മ തേന ഉദിതം കർമ്മ തതുതിതം തേന ഉദിതം അതിനാൽ പറയപ്പെട്ട കർമ്മത്തെ ജീവിതക്രമത്തെ സ്വനുഷ്ഠീയത നല്ലതുപോലെ അനുഷ്ഠിക്കട്ടെ ഇവിടെ പൂർവ മീമാംസകന്മാർ വേദത്തിലെ കർമ്മകാണ്ടത്തെക്കുറിച്ച് മീമാംസ ചെയ്യുന്നവർ കേവലം ക്രിയാർത്ഥമാണ് വേദമന്ത്രങ്ങളൊക്കെ തന്നെയെന്നാണ് ആവർത്തിച്ചു പറയുന്നത് അവര് ജൈമിനി ഇത്ര പറഞ്ഞിട്ടുണ്ട് ആനർത്ഥക്യം അതതർത്ഥാനാവും ആംനായസ്യ ക്രിയാർത്ഥത്വാത് ആനർത്ഥക്യം അതതർത്ഥാന വേദം ക്രിയാർത്ഥമാണെന്നതുകൊണ്ട് ക്രിയാർത്ഥമല്ലാത്ത മന്ത്രങ്ങൾക്ക് അർത്ഥമില്ല എന്നാ പറയുന്നത് അത് കുറച്ച് കടന്ന പ്രയോഗ അപ്പൊ വിവിധ മന്ത്രങ്ങളെ കൊണ്ട് വിവിധ കർമ്മങ്ങൾ ചെയ്യുക അതാണ് അവരുടെ ആ കർമ്മങ്ങൾ ഓരോന്നിനെയും കൊണ്ട് വ്യത്യസ്ത ദേവതകളെ ദോഷിപ്പിക്കുക അങ്ങനെ ദേവതാ സന്തോഷത്തിലൂടെ അദൃഷ്ടം സമ്പാദിക്കുക കർമ്മം തന്നെ സ്വതവേ ഫലപ്രദമാണെന്നാണ് അവർ പറയുന്നത് വൈദിക കർമ്മം തന്നെ ഫലപ്രദമാണ് അത് അദൃഷ്ടത്തെ ഉണ്ടാക്കുന്നു ആ അദൃഷ്ടം കൊണ്ട് സ്വർഗത്തെ പ്രാപിക്കുന്നു അവിടെ ഈശ്വരോപാസന എന്നൊരു തലം വരുന്നില്ല ഈശ്വരോപാസന എന്നൊരു സങ്കല്പം വരുന്നില്ല ഇവിടെയാണ് വേദാന്തിക്ക് പറയാനുള്ളത് കർമ്മങ്ങളെ ആചരിക്കേണ്ട എന്ന് വേദാന്തി നിഷേധിക്കുന്നില്ല മറിച്ച് നീ ചെയ്യുന്ന കർമ്മങ്ങളെ ഈശ്വരോപാസനപരമായിട്ട് ഉയർത്തു അത് ചെയ്യുന്നത് നിഷേധിക്കപ്പെടുകയല്ല ചെയ്യുന്നത് അതാണ് തേനേശ അപചിതിഹി വിധീയത അതിനെക്കൊണ്ട് ഈശ്വരന്റെ ഉപാസനയെ വിധിക്കൂ ചെയ്താലും കാമ്യേ മതിസ്ത്യജ്യതാം അപ്പൊ ഇവിടെ വൈദിക കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല വൈദിക കർമ്മങ്ങളെ കൊണ്ട് ഈശ്വരോപാസന ചെയ്യാനാ പറഞ്ഞത് പക്ഷേ പൂർവമീമാംസകന്റെ വീക്ഷണ പ്രകാരം കർമ്മങ്ങളിൽ എപ്പോഴും കാമനയുണ്ട് സകാമമായിട്ടാണ് കർമ്മങ്ങളുടെ പ്രവൃത്തി ഇവിടെ വേദാന്തി പറയുന്നു നീ കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കൂ അതാണ് അപ്പൊ കർമാചരണത്തിന് കാമ്യബുദ്ധി താനേ വരില്ലേ എന്ന് വെച്ചാൽ നീ അതിനെ അതിക്രമിക്കൂ കാമ്യെ മതിസ്ഥയതാം കാമ്യത്തിലുള്ള ബുദ്ധിയെ നീ അതിക്രമിക്കൂ ഒന്നിനെ അതിക്രമിക്കുമ്പോൾ അത് അപ്രസക്തമായി തീരും അപ്രസക്തമാകുമ്പോൾ ഉപേക്ഷിതമാകും അല്ലാതെ ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ത് വസ്തുവെ നമ്മൾ എന്തൊരു വ്യക്തിയെ നമ്മൾ ഏതൊരു സാഹചര്യത്തെ നമ്മൾ ഏത് ക്രിയയെ നമ്മൾ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചാലും അത് കൂടുക ചെയ്യാം അപ്രസക്തമായി തീരണം അപ്രസക്തമായി തീരുമ്പോൾ ഉപേക്ഷിതമാകും ഈ രീതിയിൽ നീ കാമ്യബുദ്ധിയെ ത്യജിച്ചാലും കാമ്യേ മതിത്യജ്യതാം തുടർന്നാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് പാപൗഘ പരിധൂയതാംയതല വായിച്ചു വെച്ചു ആ ഭാഗം പാപൗഘം കൂട്ടം പാപസമൂഹം പാപസമൂഹത്തെ എന്താ പാപം ജീവിതത്തിൽ പലപ്പോഴും അപരാധങ്ങളെ ചെയ്യും ചെയ്യുന്ന അപരാധങ്ങളുടെ ഫലമായിട്ട് പാപുണ്ടാവും എന്താ അപരാധം അരുത് എന്ന് വിലക്കപ്പെട്ടത് ചെയ്യുമ്പോൾ അതൊരപരാധമാണ് ചെയ്യണം എന്ന് വിധിക്കപ്പെട്ടത് ചെയ്യാതിരിക്കുമ്പോൾ അതൊരപരാധമാണ് പലപ്പോഴും പലതരത്തിൽപ്പെട്ട കാമങ്ങൾക്ക് വശകരായിട്ട് പലതരത്തിൽപ്പെട്ട പ്രലോഭനങ്ങൾക്ക് വശകരായിട്ട് നമ്മൾ ഈ രണ്ടും ചെയ്തു പോവാറുണ്ട് ചെയ്യണമെന്ന് വിധിക്കപ്പെട്ടത് ചെയ്യില്ല ചെയ്യരുതെന്ന് നിഷേധിക്കപ്പെട്ടത് ചെയ്യും ഇത് അപരാധമാണ് ആര് തന്നെ അപരാധം ചെയ്താലും ആരു ആട്ടെ അതിന്റെ ഫലമായിട്ട് പാപുണ്ടാവും പാപം അന്തകരണത്തെ കൂടുതൽ കൂടുതൽ മലീമസമാക്കുന്നു മലിനമാക്കി അതെ നമ്മുടെ ഒക്കെ അന്ധകരണത്തെ കൂടുതൽ കൂടുതൽ അശുദ്ധമാക്കി തീർക്കുന്നു പാപം അതാണ് പാപവാസനകൾ പാപസംസ്കാരങ്ങൾ പാപവാസനകള് നമ്മുടെ വ്യക്തിത്വത്തെ മലീമസമാണ് അതുകൊണ്ട് തന്നെ നമ്മളിൽ ഉള്ള പാപം എന്നത് നമ്മൾ തന്നെ സഞ്ചയിച്ചതാണ് വേറെ ആരും തന്നതല്ല നമ്മൾ തന്നെ കർമ്മം ചെയ്യാതെയും വികർമ്മം ചെയ്തും ആ അപരാധത്തിലൂടെ സഞ്ചയിക്കുന്നതാണ് പാപം അതുകൊണ്ട് സത്കർമാചരണങ്ങളെ കൊണ്ട് സദ്വിചാരങ്ങളെ കൊണ്ട് നമ്മൾ തന്നെ സഞ്ചയിച്ചിട്ടുള്ള പാപത്തെ നമ്മൾ കഴുകിക്കളയണം നമ്മുടെ അന്ധകരണത്തെ നമ്മൾ പരിശുദ്ധമാക്കണം ഈ അന്ധകരണ ശുദ്ധിയെ നേടുന്നതിനുള്ള ഉപാധിയായി കർമ്മത്തെ മാറ്റാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് കാമ്യം അതിസ്ഥിരിച്ചതാം കാമ്യത്തിലുള്ള ബുദ്ധിയെ നീ അതിക്രമിച്ചാലും ഉപേക്ഷിച്ചാലും അതിന് തൊട്ടുമുമ്പ് കർമ്മത്തിലൂടെ ഈശ്വര പൂജയെ നീ ചെയ്താലും എന്ന് പറഞ്ഞു ഈശ്വര പൂജയായി ചെയ്യുന്ന കർമ്മം കാമ്യബുദ്ധി ഇല്ലാതെ ചെയ്യുന്ന കർമ്മം അതിനെ കൊണ്ട് നീ പാപമുഖത്തെ കഴുകിക്കളഞ്ഞാലും പരിധൂയതാം പരിധൂയതാം കഴുകിക്കളഞ്ഞാലും ഇല്ലാതാക്കിയാലും ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരാശയമുണ്ട് പൂർവ മീമാംസകന്മാർ വൈദിക കർമ്മങ്ങളെ നിശ്ചയമായും അനുഷ്ഠിക്കണം എന്നനുശാസിക്കുന്നു ഒരു കാരണവശാലും വൈദിക കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല നിത്യകർമ്മങ്ങൾ നിത്യവും ചെയ്തിരിക്കണം നിത്യകർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതിൽ നമുക്കും അഭിപ്രായ വ്യത്യാസമില്ല അപ്പൊ നിത്യകർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ പാപമാണ് സന്തോഷം ആവട്ടെ ചെയ്താലോ ചെയ്താ ഗുണമൊന്നുമില്ല അപ്പൊ പൂർണ്ണമീമാംസകന്മാർ പറയുന്നത് നിത്യകർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ പാപമാണ് ചെയ്താൽ ഒരു ഗുണമില്ല ഇപ്പൊ ചെയ്താൽ പുണ്യമില്ലേ നിത്യകർമ്മങ്ങൾ ചെയ്താൽ പുണ്യമില്ല അപ്പൊ നിത്യകർമ്മങ്ങൾ ചെയ്ത സ്വർഗം കിട്ടില്ല അതൊന്നുമില്ല സ്വർഗം കിട്ടണമെങ്കിൽ കാമ്യകർമ്മങ്ങൾ സ്വർഗഹേതുവായിരിക്കുന്ന യാഗവിശേഷങ്ങളെ ചെയ്യണം അപ്പൊ നിത്യകർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ പാപമുണ്ട് ചെയ്താൽ പുണ്യമില്ല ഇതാണ് പൂർവമീമാംസകന്മാരുടെ സിദ്ധാന്തം ഇത് വേദാന്തിക്ക് സ്വീകാര്യമല്ല നമുക്ക് പറയാനുള്ളത് ചെയ്തില്ലെങ്കിൽ പാപമുണ്ടെങ്കിൽ ചെയ്താൽ പുണ്യമില്ല പറയാൻ പറ്റില്ല ചെയ്താൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട പുണ്യം ഉണ്ടാവണം അഥവാ ചെയ്താൽ പുണ്യമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ ചെയ്തില്ലെങ്കിൽ പാപം ഉണ്ടാവില്ല അയ്യോ അത് പറ്റില്ല അത് ശാസ്ത്രവിരുദ്ധമാണ് നിത്യകർമ്മം ചെയ്തില്ലെങ്കിൽ പാപമുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം എങ്കിൽ ചെയ്താൽ പുണ്യമുണ്ടെന്ന് അംഗീകരിക്കണമെന്ന് എന്ത് പ്രയാസം യുക്തിപൂർവം ചിന്തിക്കണം അപ്പൊ ചെയ്താൽ എന്താണ് പുണ്യം ചോദ്യം ഇവിടെ കർമ്മത്തിന്റെ ഫലം ശാസ്ത്രീയവും സകാമവുമായ കർമ്മങ്ങൾക്ക് അതത് കാമപ്രാപ്തി ശ്രദ്ധിക്കാം ശാസ്ത്രീയവും നിഷ്കാമവുമായ കർമ്മങ്ങൾക്ക് ചിത്തശുദ്ധി അശാസ്ത്രീയങ്ങളായ കർമ്മങ്ങൾക്ക് അധോഗതി ഇതാണ് കർമ്മഫലത്തെ വേദാന്തി സ്വീകരിക്കുന്നത് ഇത് വ്യത്യാസമുണ്ട് പുറവിമാംസകൻ പറയുന്നത് നിത്യകർമ്മങ്ങൾ ചെയ്താൽ ഒരു പുണ്യവും ഇല്ല ചെയ്തില്ലെങ്കിൽ പാപമുണ്ട് അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് ചെയ്തില്ലെങ്കിൽ പാപമുണ്ടെങ്കിൽ ചെയ്താൽ പാപനിവൃത്തി ഉണ്ടാവണം പാപനിവൃത്തി പുണ്യരൂപമാണ് അതുകൊണ്ട് നിശ്ചയമായ നിത്യകർമ്മങ്ങളെ നിഷ്കാമമായി ചെയ്താൽ ചിത്തശുദ്ധി രൂപമായ ഫലം ഉണ്ട് എന്നാണ് വേദാന്തിക്ക് പറയാനുള്ളത് സകാമമായ കർമാചരണത്തിന് അതത് കാമപ്രാപ്തി എന്ന് ഈ ഫലം പറഞ്ഞോളൂ വ്യത്യസ്തങ്ങളായ കാമങ്ങളോടുകൂടി എനിക്ക് അത് കിട്ടണം ഇത് കിട്ടണം അങ്ങോട്ട് പോണം അങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അഥവാ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾക്ക് അതത് കാമപ്രാപ്തി പറഞ്ഞോളൂ വിരോധില്ല പക്ഷെ നിഷ്കാമമായ കർമാചരണത്തിന് നിശ്ചയമായും ഫലം പറയണം അതെന്താണ് എനിക്ക് ആഗ്രഹമില്ല എങ്കിൽ പിന്നെ അത് വന്നു ചേരുന്ന് പറയാൻ പറ്റില്ല എനിക്കൊരു വസ്തുവിൽ ആഗ്രഹമില്ലെങ്കിൽ അത് ഞാൻ സ്വീകരിച്ചോളണം നിർബന്ധിക്കാൻ ആർക്കും അധികാരമില്ല ഈ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് അത് വിപരീതമാണ് അപ്പോൾ ആഗ്രഹമില്ലാത്തവന്റെ കർമ്മഫലം എന്ത് ആഗ്രഹമില്ലാത്തവന്റെ കർമ്മഫലം ചിത്തശുദ്ധിയാണ് അവന്റെ അന്ധക്കരണം ശുദ്ധമായി തീരുന്നു അതാണ് ഗീതാകാരനൊക്കെ വളരെ വിസ്തരിച്ചിട്ടുള്ളത് യോഗിന കർമ്മ കുറുവന്തി സംഘം തെക്വാ ആത്മശുദ്ധയേ അന്ധകരണത്തിന്റെ ശുദ്ധിക്കായിക്കൊണ്ട് സംഘം വെടിഞ്ഞ് യോഗികൾ കർമ്മം ചെയ്യുന്നു കർമ്മ ലിപ്യതേ നരേ എന്ന് ശ്രുതിയുടെ സമ്മതിയും ഈ വിഷയത്തിലുണ്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് നിഷ്കാമവും ശാസ്ത്രീയവുമായ കർമാചരണത്തിൻ്റെ ഫലം ചിത്തശുദ്ധിയാണ് ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ചിത്തശുദ്ധി അല്ലെങ്കിൽ ചിത്ത അശുദ്ധി നമ്മൾ തന്നെ വിലക്കപ്പെട്ട ഓരോ വികർമ്മത്തെയും ചെയ്യുന്നതിലൂടെ കൂടുതൽ കൂടുതൽ നമ്മുടെ അന്ധകരണത്തെ മലിനമാക്കി തീർക്കുകയാണ് ഈ മാലിന്യങ്ങൾ ഓരോന്നിനെ കഴുകിക്കളയലാണ് ചിത്തശുദ്ധി പറഞ്ഞാൽ മറ്റൊന്നല്ല വേറെന്താ അപ്പൊ നിഷിദ്ധകർമ്മങ്ങളെ ചെയ്യാതിരിക്കുക വിഹിതകർമ്മങ്ങളെ ഫലകാമനയില്ലാതെ ചെയ്യുക എന്നതുകൊണ്ട് സ്വാഭാവികമായി അഥവാ സഹജമായി ചിത്തശുദ്ധി വരും ചിത്തശുദ്ധി വരിക എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ സഞ്ചിതമായ പാപ സംസ്കാരങ്ങളെ നമ്മൾ തന്നെ ഇല്ലാതാക്കുകയാണ് ഇതിന് നീ കർമ്മങ്ങളെ വിനിയോഗിച്ചാലും ഇവിടെ ഒരു ചോദ്യം വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ നീ കർമ്മത്തെ ആചരിക്കേണ്ട എന്ന് ഗുരുനാഥൻ പറഞ്ഞില്ല കർമ്മത്തെ ആചരിക്കൂ ആചരിച്ചിട്ട് ആ കർമാചരണത്തെക്കൊണ്ട് ഈശ്വര പൂജ ഈശ്വരാരാധന ചെയ്യൂ അങ്ങനെ ഈശ്വരാരാധനയായി അതിനെ തീർക്കുമ്പോൾ കാമ്യത്തിലുള്ള ബുദ്ധിയെ നീ അതിക്രമിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ കാമ്യബുദ്ധിയെ അതിക്രമിച്ചുകൊണ്ട് ഈശ്വരോപാസനാപരമായി കർമ്മം ചെയ്യുന്നതിലൂടെ ഞാൻ എന്താണ് ഉദ്ദേശിക്കേണ്ടത് ഇതായിരിക്കണം ഉദ്ദേശിക്കേണ്ടത് പാപൗഹ പരിധൂയത പാപ കഴുകിക്കളഞ്ഞാലും ഇതിനായിരിക്കണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഇതിനായിരിക്കണം നമ്മൾ കർമ്മങ്ങൾ അഖിലവും ആചരിക്കുന്നത് പാപ സമൂഹത്തെ കഴുകിക്കളഞ്ഞാലും നമുക്ക് കഴുകിക്കളയാൻ സാധിക്കും എന്തുകൊണ്ട് നമ്മൾ തന്നെയാണ് സഞ്ചയിച്ചത് അഥവാ ഈശ്വരൻ തന്നതാണെങ്കിൽ നമുക്ക് കഴുകിക്കളയാൻ പറ്റില്ലായിരുന്നു നമ്മൾ തന്നെ നമ്മുടെ ആചരണങ്ങളിലൂടെ അതായത് കർമ്മ അനുഷ്ഠാനത്തിലൂടെയും വികർമ്മ അനുഷ്ഠാനത്തിലൂടെയും നമ്മൾ തന്നെ സഞ്ചയിച്ചതാ അതുകൊണ്ട് നമുക്ക് തന്നെ സത്കർമാചരണത്തിലൂടെ കഴുകിക്കളയാൻ സാധിക്കും വ്യക്തമാണല്ലോ എപ്പോഴും ഏതൊരു കർമ്മം ആചരിക്കുന്ന സമയത്തും ഉള്ളിലിരുന്ന് ഒരാൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് വേണ്ടാട്ടോ ചെയ്തോടോട്ടോ അല്ലേ അതെ ഉണ്ട് സംശയമൊന്നുമില്ല അതിന്റെ ചെയ്യരുത് ചെയ്യരുത് എന്ന വിലക്കിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അപരാധമാണ് ആ അപരാധത്തിന്റെ ഫലമായി പാപമാകുന്ന മാലിന്യം അടിഞ്ഞുകൂടും അതുകൊണ്ട് അന്ധകർണത്തെ മലീമസമാക്കുന്ന കർമ്മങ്ങളാണ് പാപകർമ്മങ്ങൾ അന്ധക്കർണത്തിന്റെ മാലിന്യം കഴുകിക്കളയുന്ന കർമ്മങ്ങളാണ് പുണ്യകർമ്മങ്ങൾ അല്ലാതെ ഇന്നതാണ് പുണ്യം ഇന്നതാണ് പാപം എന്ന് നിരപേക്ഷമായി പറയാൻ ആർക്കും സാധിക്കില്ല എന്താണ് പുണ്യകർമ്മം എന്താ പാപകർമ്മം എന്ന് നിരപേക്ഷമായിട്ട് പറയാൻ ആർക്കെങ്കിലും സാധിക്കോ സാപേക്ഷായിട്ടല്ലേ സാധിക്കൂ ചിന്തിക്കുക അതുകൊണ്ട് ഈ കർമ്മത്തിലൂടെ നീ പാപൗഹ പരിധൂയതാം പാപത്തെ പാപത്തിൻ്റെ കൂട്ടത്തെ പരിധൂയതാം നല്ലപോലെ കഴുകിക്കളയൂ കഴുകിക്കളയാൻ സാധിക്കും എന്തുകൊണ്ട് നാം തന്നെ സഞ്ചയിച്ചതാണ് അങ്ങനെ നമ്മളിലെ മാലിന്യങ്ങൾ നീങ്ങുന്നതിനനുസരിച്ചാണ് കൂടുതൽ കൂടുതൽ കൂടുതലായി വിചാര സാമർത്ഥ്യം വരുന്നത് സൂക്ഷ്മ വിചാര ശേഷി വരുന്നത് നമ്മുടെ അന്ധക്കരണ ശുദ്ധമാകുന്നതിനനുസരിച്ചാണ് അതെ ശുദ്ധമാകുന്നതിനനുസരിച്ച് വിചാരം വർദ്ധിക്കുന്നു സൂക്ഷ്മ വിചാരശേഷി വർദ്ധിക്കുന്നു അങ്ങനെ വിചാരശേഷി വർദ്ധിക്കുന്ന ആളോടാണ് പറയുന്നത് ഭവസുഖേ ദോഷോനുസന്ധീയദാം ഭവസുഖേ ഭവസുഖത്തിൽ ദോഷ ദോഷം അനുസന്ധീയതാം അനുസന്ധാനം ചെയ്താലും ഭവസുഖം ഭവത്തിലുള്ള സുഖം സംസാരസുഖം വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കുന്ന ഈ കറക്കം ഇത് തന്നെയാണ് ഭവം ഈ ഭവത്തിൽ പല സുഖങ്ങളുണ്ട് ആ സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ നെട്ടോട്ടം ഓടുന്നത് ഇതിനെ പ്രാപിച്ച അസുഖം ഉണ്ടാവും അതിനെ പ്രാപിച്ച അസുഖം ഉണ്ടാവും ഈ ലോകത്തിലും പരലോകത്തിലും എന്തൊക്കെ എന്തൊക്കെ സുഖങ്ങളാണ് ഈ ലോകത്തിൽ പല ജാതി സുഖങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുന്നുണ്ട് എന്നിട്ടൊന്നും തൃപ്തി വരാതെ മരിച്ചുപോയാൽ കൂടുതൽ സുഖം ഉണ്ടാവുകയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു സ്വർഗത്തെ സങ്കൽപ്പിച്ചുണ്ടാക്കുന്നുണ്ട് അവിടെ കുറെ ഡിഗ്രി കൂടിയ സുഖങ്ങളെ നമ്മൾ സങ്കൽപ്പിക്കുന്നുണ്ട് അല്ലാണ്ട് പുതിയ സുഖത്തെ സങ്കല്പിക്കാൻ നമുക്ക് കഴിയില്ല കഴിയോ നോക്കൂ നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഈ ലോകത്തിലുള്ളതെങ്കിൽ മരിച്ചു പോകുമ്പോ പുതിയ ഏതെങ്കിലും ഇന്ദ്രിയം ഉണ്ടാവണമെന്ന് ഒരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല അപ്പൊ ഇനി അവിടെ ചെന്നാലും നമുക്ക് എത്ര സുഖങ്ങളെ അറിയാൻ കഴിയൂ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിവിടെ അറിയണമെന്ന് തന്നെ അറിയാൻ കഴിയും ഇവിടെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ഒരു മധുരമൊക്കെ ഉണ്ടാവുകയായിരിക്കും ഇത്രയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി കേൾക്കാനൊരു ഒരു സുഖം ഉണ്ടാവുകയായിരിക്കും അല്ലെങ്കിൽ ഇവിടെയുള്ളതിനേക്കാൾ കുറച്ചും കൂടി കാണാൻ ഒരു സുഖം ഉണ്ടാവുകയായിരിക്കും പക്ഷെ കാണുക കേൾക്കുക രുചിക്കുക മണക്കുക വാസനിക്കുക സ്പർശിക്കുക എന്നല്ലാതെ കണ്ട് പുതിയൊരനുഭവത്തെ നേടാനുള്ള ഇന്ദ്രിയം നമുക്ക് ഉണ്ടാവുന്നു എന്ന് ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല അപ്പോ ഈ ലോകത്തിലുള്ള ഇന്ദ്രിയ ജനിതകങ്ങളായ സുഖങ്ങളും ആ ലോകത്തിലുള്ള ഇന്ദ്രിയ ജനിതകങ്ങളായ സുഖങ്ങളും ഇതൊക്കെ ഭവത്തിൽപ്പെട്ടത് തന്നെയാണ് ഈ സംസാരത്തിൽ പെട്ടത് ഭവസുഖം ഭവിക്കുന്ന സുഖം എന്ന് പറയാം അതായത് എന്തെങ്കിലും ക്രിയയിലൂടെ നിഷ്പന്നമാകുന്ന സുഖത്തെയും ഭവസുഖം എന്ന് പറയാം സംസാരസുഖത്തെയും ഭവസുഖം എന്ന് പറയാം ീ ഭവസുഖത്തിലുള്ള ദോഷത്തെ അനുസന്ധാനം ചെയ്താലും സുഖമില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ സുഖം നേടാനും ദോഷമാണ് കഷ്ടമാണ് സുഖം പോയാലും കഷ്ടമാണ് ഈ സുഖമാകട്ടെ ആപേക്ഷികവുമാണ് വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഒരു ഒരു സുഖം ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കുമ്പോഴേ അവൻ എന്നേക്കാൾ സുഖമുണ്ടല്ലോ തോന്നുമ്പോഴത്തേക്ക് എന്റെ സുഖത്തിന് കുറച്ചൊരു കുറവ് സംഭവിക്കുന്നുണ്ട് കാരണം ഈ സുഖങ്ങളത് ആപേക്ഷികമാണ് മാത്രവുമല്ല ഞാൻ നേടിയ സുഖങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടും നഷ്ടപ്പെടാത്തൊരു സുഖവും നേടപ്പെട്ടിട്ടുമില്ല ചിന്തിക്കുക ഏത് സുഖം നേടി പറഞ്ഞാലും അത് നഷ്ടപ്പെടും നേടാനൊക്കെ കഷ്ടപ്പാട് തന്നെ പക്ഷെ നേടിക്കഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെടുള്ളോ എന്നുള്ളൊരു ചിന്ത തന്നെ വിഷമകരമാണ് നമുക്കിപ്പോളതായ സുഖാവസ്ഥകളൊക്കെ ഇല്ലാണ്ടാവുമല്ലോ ഭഗവാനെ എന്ന് ആലോചിക്കുമ്പോ തന്നെ ഒരു വിഷമം നമുക്ക് വരുന്നില്ലേ ഉണ്ട് ഉണ്ട് സംശയമൊന്നുമില്ല അപ്പൊ ആപേക്ഷികങ്ങളാണ് ഉണ്ടാകുന്നവയും നശിക്കുന്നവയുമാണ് അപ്പൊ ഉണ്ടായി നശിക്കുന്നതും ആപേക്ഷികങ്ങളുമായ സുഖങ്ങളാണ് ഭവസുഖങ്ങൾ അതിൽ പലവിധ ദുഃഖങ്ങളുണ്ടെന്ന് നീ മനസ്സിലാക്കൂ ദോഷങ്ങളുണ്ടെന്ന് നീ മനസ്സിലാക്കൂ ഇതനുസന്ധാനം ചെയ്യൂ ഭവിച്ചവയൊക്കെ തന്നെ നശിക്കും എന്നുള്ളത് തന്നെ അതിന്റെ ദോഷമാണ് ഭവിച്ചവയൊക്കെ നശിക്കും അപ്പൊ നശിക്കുന്നവയൊക്കെ താൽക്കാലികമാണ് ഈ താത്കാലികങ്ങളായ സുഖങ്ങളുടെ പിന്നാലെ നീ ഇങ്ങനെ നട്ടോട്ടോടല്ലേ നീ ഒന്ന് ചിന്തിക്കൂ ഇതിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്ന് എന്തൊക്കെയാണ് ഭവസുഖങ്ങൾ ധനം കൊണ്ടുള്ളതാവാം സ്ത്രീയെ കൊണ്ടുള്ളതാവാം പുരുഷനെ കൊണ്ടുള്ളതാവാം എന്തെങ്കിലും വിഷയങ്ങളെ കൊണ്ടുള്ളതാകാം ഇതൊക്കെ അല്പം ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ വല്ലപ്പാ അധികൊന്നും ചിന്തിക്കേണ്ട ഏറെ വിചാരത്തിൻ്റെ ആവശ്യമൊന്നും ഇവിടെയില്ല ഇതെല്ലാം അപേക്ഷികങ്ങളാണ് അതുകൊണ്ടൊരു ദോഷത്തെ നീ കണ്ടാലും അപ്പൊ ചോദ്യം അവിടെ പറ്റും ഈ ദോഷത്തെ കാണുക എന്നുള്ളൊരു ദൃഷ്ടി വേണോ ഇതിനൊക്കെ ദോഷത്തെ കാണുന്നത് ഇവിടെ ഉള്ള പോലെ കണ്ടാൽ മതി ദോഷത്തെ കാണണം എന്നുള്ള ആചാര്യസ്വാമികൾ പറഞ്ഞു എന്നേ ഉള്ളൂ അത് ദോഷ ഇതിനെ ദോഷത്തെ കാണുക ദോഷദൃഷ്ടി പാടില്ല എന്നല്ലേ ആചാര്യന്മാരൊക്കെ പറയണത് ശരി ദോഷദൃഷ്ടി വേണ്ട എന്ന യഥാർത്ഥമായ ദൃഷ്ടി ഉണ്ടായാൽ മതി എങ്ങനെ ഉണ്ടോ അങ്ങനെ കാണുക ഈ വേണ്ടാത്ത ദൃഷ്ടി ഒന്നും ഉണ്ടാക്കേണ്ട ദൂരിലെ സുഖമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാണല്ലോ നമ്മൾ കൽപ്പിച്ചിണ്ടാക്കുന്നത് േ ചിന്തിച്ചോ എന്തൊക്കെ എന്തൊക്കെയാ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത് ഒരു സുന്ദരിയുടെ മൂക്ക് മൂക്കെന്ത് പോലെയാന്ന് പറഞ്ഞു എന്തോ ഒരു പൂ എന്ത ആ എള്ളിന്റെ പൂ പോലെയാണെന്ന് പറഞ്ഞു കണ്ണോ കണ്ണെന്തൊരു സുന്ദരമാണ് ഭഗവാനെ പല്ലോ പല്ല് നല്ല മുല്ലപ്പൂമുട്ടു പോലെയാന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോ അംഗവും പ്രത്യംഗവും വർണ്ണിക്കുമ്പോഴത്തേക്ക് ഞാൻ അറിയാണ്ടതിലങ്ങ് വീണ് പോവുക കേട്ടപ്പോഴത്തേക്ക് അതെ ഇത് വേണ്ട നീ ദോഷം കാണണ്ട ഒട്ടില്ലാത്തതും കാണണ്ട മൂക്ക് മൂക്ക് പോലെ തന്നെയാ കണ്ണ് കണ്ണു പോലെയാ അല്ലാണ്ട് മറ്റ് സങ്കല്പത്തിന്റെ ലോകത്തിൽ കഴിയുമ്പോൾ ആകെ ഭ്രമമാ വരുന്നത് ഇല്ലാത്തതിന് നീ സങ്കല്പിക്കണം മൂക്ക് മൂക്ക് പോലെയല്ലാണ് മൂക്ക് എള്ളും പോലെയാ എള്ളും പൂ എള്ളും പോക്ക് മൂക്ക് സ്വാമി അത് നിങ്ങളപ്പോൾ അരസികന്മാർക്ക് പറഞ്ഞതാണ് അല്ല മറ്റൊരു കൽപ്പനാലോകത്ത് ജീവിക്കുക എന്നല്ല ആമാശുപതിയാണ് വിചാരിക്കരുത് ഒരു നമ്മളെ ആശുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുന്ന ഒരാള് ഇദ്ദേഹത്തിന്റെ മക്കന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ മകനും ഡോക്ടറാണ് മകന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ ഡോക്ടറാണ് ഡോക്ടറാണെന്ന് മാത്രമല്ല അദ്ദേഹം ആന്ധ്രാപ്രദേശിലുള്ള ആളാണ് പത്തഞ്ഞൂറ് ഏക്കർ ഭൂമിയുണ്ട് അവർക്ക് ഈ ഭൂപരിഷ്കരണ അദ്ദേഹം ഒന്നും അവിടെ ഇല്ലല്ലോ അഞ്ഞൂറ് ഏക്കറിലധികം ഭൂമിയുണ്ട് വലിയ സമ്പന്നന സമ്പന്നനാണ് നല്ല പ്രാക്ടീസുള്ള അയാള് മുപ്പത്തി വയസ്സായി കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കണോ എവിട്ട പോയാലും ഇയാൾക്ക് മനസ്സിലാ പിടിക്കില്ല എവിടെ പോയാലോ അങ്ങനെ ഈ കൂട്ടുകാരൻ അച്ഛൻ മുഖേന ആശുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഡോക്ടറെ കൊണ്ട് വന്നിരുന്നു ആശ്രമത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇയാളുടെ കുറച്ചു നേരം സംസാരിച്ചു നോക്കി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡോക്ടറാണേ ശ്രദ്ധിക്കുക പോസ്റ്റ് ഗ്രാജുവേറ്റാണ് അദ്ദേഹം എം ഡി കഴിഞ്ഞ ആളാണ് ഇയാളോട് സംസാരിച്ചു നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇയാൾക്ക് ജീവിതകാലത്ത് കല്യാണം കഴിയാൻ പോണില്ല കാരണം ഇയാള് സങ്കല്പത്തിലൊരു സ്ത്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സ്ത്രീ ലോകത്തിലുണ്ടാവില്ല അത് ഒരു സിനിമാ നടയിലൊരു മൂക്ക് വേറൊരു സിനിമ നടയിലെ കണ്ണ് വേറൊരു സിനിമാ നടയിലെ ചുണ്ട് വേറെ സിനിമ നടയിലെ ചെവി ഇതെല്ലാം കൂടി കൂടിയിട്ട അപ്പോൾ നമ്മളൊരു പത്ത് ഒരു അരമണിക്കൂർ സംസാരിച്ചപ്പോഴത്തേക്ക് ഇയാൾ ഉള്ള തള്ളി മുഴുവൻ കിട്ടി നമ്മൾ അപ്പോൾ നിങ്ങൾ ഞാൻ വച്ചപ്പോൾ നിങ്ങൾ ബ്രഹ്മാവായിട്ട് ഈ സങ്കല്പങ്ങളൊക്കെ തികഞ്ഞൊരു സ്ത്രീനെ ഉണ്ടാക്കേണ്ടി വരും അല്ലാണ്ട് ലോകത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ട് തമ്മിൽ ഭേദമുള്ളൊരു പണി നമ്മൾ തിരഞ്ഞെടുക്കുക ഇതിലേതെങ്കിലും ഒരംഗമുള്ള ഒന്നുകിൽ നിങ്ങൾ വിചാരിക്കണ ചുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണ കണ്ണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ചെവി എന്തെങ്കിലും ഒന്നുള്ളൊരു സ്ത്രീയെ നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലാതെ എല്ലാം കൂടി ചേർന്ന ലോകത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല നോക്കണയാൾ വിവരമില്ലാത്ത ആളാ ഒന്നുമല്ല ആൾ വിവരുള്ള ആളാണ് എം ഡി കഴിഞ്ഞൊരു ഡോക്ടർ നല്ല പ്രാക്ടീസും കോടീശ്വരനാണ് പക്ഷേ അയാൾ എത്രക്കോ അല്ല പൊണ്ണിനെ അന്വേഷിച്ചത് കിട്ടിയിട്ടില്ല ഏതായാലും വിവരം കഴിഞ്ഞൊരു നാലു മാസം കഴിഞ്ഞപ്പോൾ വിവരം വന്നു സ്വാമി എന്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട് ആന്ധ്രയിൽ തന്നെയാണ് സന്തോഷം വളരാന്നായി സങ്കല്പമാണെന്ന് ഇന്ദ്രില്ലാത്ത സങ്കല്പിച്ചിട്ട് വെറുതെ ഭ്രമിക്കുന്നതിനുള്ളതുള്ള പോലെ സങ്കല്പിക്കുക എന്നാൽ ഈ ഭ്രമം ഒഴിവാകും സംശയം ഇല്ല ഈ വിഷയമൊക്കെ അപ്പോഴൊരു സുന്ദരിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു വന്നിട്ടുണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ സ്വാമികൾ തന്നെയാണ് ലോകസുന്ദരിയാണ് ലോകസുന്ദരിയാണ് അല്ലെങ്കിൽ സാമാന്യ സുന്ദരി ഒന്നുമല്ല അസാമാന്യ സുന്ദരിയാണ് സുന്ദരിയെ കൊണ്ടുവന്നു അടുത്ത് നിർത്തി ഓ തറക്കിടില്ല നല്ലതാ നീ ഒന്ന് മൂക്ക് പിഴിയ സുന്ദരി അവളൊന്ന് മൂക്കൊന്ന പിഴിഞ്ഞു ഒന്ന് ഒന്ന് കാർക്കിച്ചിട്ടൊന്ന് തുപ്പാൻ പോർണം ലോകസുന്ദരിയാണ് എന്താ കാർക്കിച്ചപ്പോ കിട്ടിയത് കഫമാണ് മൂക്ക് പിഴിഞ്ഞപ്പോ ശ്ലേഷ്മമാണ് ശ്ലേഷ്മോദ്ഗാരി മുഖം ശ്രവൻ മലവതീ നാസ ോ ഇതിനെ കൊണ്ടാണല്ലോ ഞാൻ വെള്ളിന്റെ പൂവെന്നൊക്കെ നേരത്തെ പറഞ്ഞത് സാധനതല്ലേ ഇപ്പൊ കണ്ണോ കണ്ണൊന്ന് പരിശോധിച്ചു എന്താ സുന്ദരി നിന്റെ കണ്ണൊന്ന് നോക്കട്ടെ അശ്രുമല്ലോചനം ഇപ്പൊ ഞാൻ ഏകദേശമൊക്കെ മതിയായി പിന്നെ കുറച്ചു നേരം സുന്ദരിയോടുകൂടി നടക്കാൻ ഞാൻ തീരുമാനിച്ചു ഇനി നോക്കണില്ല നോക്കിയാലൊക്കെ അർത്ഥ നടക്കാൻ തീരുമാനിച്ചപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ സുന്ദരിക്ക് വിശ വിയർപ്പ് വരുന്നുണ്ട് നല്ലപോലെ വിയർക്കുണ്ട് അതാണ് ശ്വേതസ്രാവി പുറത്തേക്ക് ശ്വേതത്തെ സ്രവിക്കുന്നത് പുറത്തേക്ക് വിയർപ്പിനെ നല്ല സുഖാണല്ലോ വിയർപ്പ് അപ്പൊ ഇതിങ്ങനെ നല്ല സുഖമല്ലാത്തൊരു വസ്തു പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോ ഞാൻ ഇതിന്റെ ഉള്ളിലെന്താണുള്ളതെന്ന് ചിന്തിച്ചു മലാഭിപൂർണം മലം നിറച്ചു വെച്ചിരിക്കുകയാണ് ഈ തൊലിയിൻ്റെ ഉള്ളിൽ മാംസം പേശികൾ രക്തം അതിനെ എന്തൊക്കെ കുഴല്ല ഭഗവാനെ മജ്ജ എങ്ങനെയാണ്ട് പോയിക്കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചാണ്ട് പോയി കഴിഞ്ഞാൽ മൂത്രം മലം ഇതെല്ലാം കൂടി നിറച്ചു വെച്ചൊരു പാത്രം മജ്ജാസ്തി മാംസ മല മൂത്ര പാത്രം ഇതാണിപ്പോ അഭിതഹ രണ്ടു പ്രകാരത്തിലും ദുർഗന്ധ ദുഷ്ടമ്പൂ ദുർഗന്ധം കൊണ്ട് ദുഷിച്ചതാണ് ഈ ശരീരം രണ്ടു പ്രകാരത്തിൽ പറഞ്ഞാൽ പുറത്തും അകത്തും ചിലപ്പോ ആർക്കും സംശയം ഉണ്ടാവാൻ ഇടയില്ല എന്നിട്ട് പറയാണ് അന്യദ്ശക്യമേവ ഇനി ബാക്കിയും കുറെ പറയാനുണ്ട് അതും പറയാൻ കൊള്ളില്ല അന്യദ്വക്തുമേവ അപ്പൊ ചിലർ ചിന്തിക്കുക എന്താന്നാവോ അത് മനസാമന്തും കോചിത്തിനാർഹതി ചിന്തിക്കാൻ പോലും കൊള്ളില്ല അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ ഇതുണ്ടെങ്കിലാവാം രസം ഒന്നും അപ്പോ ഇതാണ് സ്ഥിതി ശ്രേഷ്മോദ്ഗാരി മുഖം ശ്രവൻ മലവദീ നാസാശ്രു ദുർഗന്ധദുഷ്ടം ബഹു അന്യത് ഭക്തുമത്യമേവ മനസാമന്തു കൊച്ചി ചിന്തിക്കാൻ പോലും കൊള്ളില്ലേ അപ്പുറത്തെന്തൊക്കെയാ ഉള്ളത് ആലോചിക്കേണ്ടതെന്നാണ് പറയുന്നത് സ്ത്രീ െന്തുകാ പുരുഷനോട് ഉപദേശിക്കുന്നത് കൊണ്ടാ ഇങ്ങനെ പറഞ്ഞേ സ്ത്രീയോട് ഉപദേശിക്കുമ്പോ പുംരൂപം അത് വേണം അല്ലാണ്ട് സ്ത്രീകളെ മാത്രം അങ്ങനെ പറഞ്ഞോട് നമുക്ക് യോജിപ്പില്ല ശിഷ്യനോട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ശിഷ്യയോടാ പറയുന്നത് വെച്ചാൽ പുംരൂപം കഥമീദൃശം സുമനസാം പാത്രീ ഭവനേത്രയോ ഇങ്ങനെയുള്ള സ്ത്രീരൂപം അഥവാ ഇങ്ങനെയുള്ള പുരുഷരൂപം എങ്ങനെയാണ് ബുദ്ധിയുള്ളവരുടെ കണ്ണുകൾക്ക് വിഷയമാകുന്നത് ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ണയിലെ പോയാൽ മതി അപ്പൊ കണ്ടുകണ്ടു പോയി അല്ലെങ്കിൽ ഒരാണിതിലെ പോയാൽ മതി കണ്ടുകണ്ടു അങ്ങോട്ട് പോയിട്ട് പരതാപ ഭഗവാനേത് അപ്പോൾ ഇവിടെ നീ ദോഷം കാണൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദോഷം കാണൂ ഗുണം കാണൂ ഉള്ളതുപോലെ ഒന്ന് കാണുക ഉള്ളതുപോലെ എന്നാലും കാണാൻ പഠിച്ചാൽ അത്രയുള്ളൂ എന്ന് മനസ്സിലാവും ഇത് സ്ത്രീ പുരുഷൻ മാത്രമല്ല ഏത് വിഷയമാണോ ഈ സംസാരത്തിലെ സുഖമായി നീ ഏതിനെ മനസ്സിലാക്കുന്നു എല്ലാം ഭോഗപ്രധാനമാണ് ഭോഗപ്രധാനമായ എല്ലാം നമ്മളെ ക്ഷയിപ്പിക്കുന്നേ ഉള്ളൂ അതെ പലപ്പോഴും നമ്മൾ ഒരു ഭോഗം കൊണ്ട് സുഖം പ്രാപിക്കാൻ കഴിയാതെ അടുത്തതിൽ സുഖം ഉണ്ടാവുന്ന വെച്ചാൽ കൂടുതൽ വസ്തുപകകൾ സമാഹരിക്കുന്നുണ്ട് ഇങ്ങനെ കൂടുതൽ കൂടുതൽ വസ്തുവകകളെ സമാഹരിച്ചാൽ സുഖം ഉണ്ടാവുന്ന സങ്കൽപ്പിക്കുകയാണ് ഇല്ല അതുകൊണ്ട് ഭവസുഖേ ദോഷോ അനുസന്ധീയതാം ഭവസുഖത്തിൽ ദോഷത്തെ നീ അനുസന്ധാനം ചെയ്താലും എങ്ങനെ വിവേകം കൊണ്ട് വിചാരം കൊണ്ട് ഗുണദോഷ വിചാരം കൊണ്ട് എന്നിട്ട് ആത്മേച്ഛാവ്യവസീയതാം പറയാണ് ആത്മേച്ഛാവ്യവസീയതാം ആത്മേച്ഛയെ നീ ഉറപ്പിച്ചാലും ഭൗതികങ്ങളായ സുഖഭോഗ വസ്തുക്കളുടെ പിന്നാലെ നീ പരക്കം വന്നത് മതി അതിലുള്ള ദോഷദൃഷ്ടി നിനക്ക് കൈവരിച്ചു ഇനി നീ നിന്നിലേക്ക് തിരിയൂ നിന്നിൽ നിന്ന് പുറമേക്ക് നീ പല പല വിഷയങ്ങളിലേക്ക് കുറെ കാലമായില്ലേ നട്ടോട്ടം ഓടുന്നു കുറച്ച് നിന്നിലേക്ക് തിരിയൂ ആത്മേച്ഛ തന്റെ ഇച്ഛ തന്നിൽ നിന്ന് രണ്ട് വസ്തുക്കളേ ഉള്ളൂ ഒന്ന് തന്നിൽ നിന്ന് ഭിന്നമായിട്ട് നമ്മൾ ഓടുന്നു ഇത്രയും കാലം ഓടിയിട്ട് എന്ത് കിട്ടി ആകെ ഒരു ബാക്കി പത്രം എടുത്തു നോക്കിയപ്പോ എന്താ ഉള്ളത് അല്ല ആത്യന്തിക സുഖം ഉണ്ടായി ആരെങ്കിലും ഒരു വിരോധവും ഇല്ല അവരോട് ശാസ്ത്രമൊന്നും പറയുന്നില്ല പക്ഷെ ഇന്നുവരെ ലോകത്തിലൊരു മനുഷ്യൻ വിഷയത്തിന് പിന്നാലെ പോയിട്ട് പൂർണ്ണസുഖമായി എന്ന് പറഞ്ഞ് ഉപരമിച്ചിട്ടില്ല ലക്ഷ്യപ്രാപ്തിയിൽ യാത്ര നിൽക്കുന്നുണ്ട് ലക്ഷ്യപ്രാപ്തിയിൽ യാത്ര നിൽക്കുന്നുണ്ട് അപ്പോൾ പരിപൂർണസുഖമായി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ സുഖാന്വേഷണം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇന്നുവരെ ഭൗതികമായ ഒരു വസ്തുഭോഗത്തിന് പിന്നാലെ പോയിട്ട് മനുഷ്യന്റെ സുഖാന്വേഷണം നിന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പൂർണ്ണമായി ഇതുകൊണ്ടാവില്ല എന്ന് മനസ്സിലാക്കി നിന്നിട്ടേ ഉള്ളൂ അല്ലാണ്ട് പൂർണ്ണമായി എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടില്ല അല്ല അങ്ങനെ ഒരാളെ ചരിത്രത്തിൽ നിന്നോ പുരാണങ്ങളിൽ നിന്നോ ഇതിഹാസങ്ങളിൽ നിന്നോ നമ്മുടെ വർത്തമാന സമൂഹത്തിൽ നിന്നോ കാണിക്കാൻ കഴിയണം ഇല്ല സാധ്യമല്ല അതുകൊണ്ട് ഈ വിഷയങ്ങളിലേക്ക് നെട്ടോട്ട കാലവും നിൽക്കവിടെ കുറച്ചു നാഗത്തേക്ക് പോകും ആത്മേക്ഷ്യവസീയത താനാര് എന്നറിയാനുള്ള ഇച്ഛ എന്താണ് തന്റെ സ്വരൂപം ഇവിടെ രണ്ട് പദാർത്ഥങ്ങളാണല്ലോ ഉള്ളത് ദൃക് ദൃശ്യവും പദാർത്ഥവും പരസ്പരവിലും പരസ്പര വിലക്ഷണങ്ങളായി രണ്ട് പദാർത്ഥങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു ദൃക്കും മറ്റൊന്ന് ദൃശ്യവും ദൃക്ക് കാണുന്നവൻ ദൃശ്യ ദൃശ്യം കാണപ്പെടുന്നത് അപ്പൊ ഈ കാണപ്പെടുന്ന ഉപലക്ഷണാർത്ഥത്തിലാ കാണപ്പെടുന്ന കേൾക്കപ്പെടുന്ന രുചിക്കപ്പെടുന്ന വാസനിക്കപ്പെടുന്ന സ്പർശിക്കപ്പെടുന്ന ഇതിന്റെ പിന്നാലെയാണ് ഞാൻ ഓടിയത് കുറെ കാലം കൂടി ഈ ദൃശ്യങ്ങളെ അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങളിലൂടെ എനിക്ക് അനുഭവിക്കാനും കഴിയുന്ന പദാർത്ഥങ്ങളെ അനുഭവിക്കുന്നതിൽ എനിക്ക് കരണങ്ങളുണ്ട് കരണങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ ഉപകരണങ്ങളുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ കണ്ണ് എന്ന് പറഞ്ഞാൽ കാണാനുള്ള കരണമാണ് ഉപകരണമല്ല കണ്ണിന് ഉപകരണം എന്ന് പറയരുത് കരണമാണ് അപ്പൊ എനിക്ക് കണ്ണിന്റെ കാഴ്ചക്ക് കുറച്ചൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ കണ്ണട വെച്ചു അപ്പൊ കണ്ണട എന്താണ് ഉപകരണമാണ് അതുപോലെ കാലുകൊണ്ട് ഞാൻ നടക്കുന്നു അതിനുപകരണം വടി വടി കുത്തിപ്പിടിച്ചാണ് അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കുന്നു അതിനുപകരണം ആ കേൾവിയെ വർദ്ധിപ്പിക്കാനുള്ളൊരു ഉപകരണം ഇങ്ങനെ കരണങ്ങളുടെ ശക്തിയെ വളർത്താനോ തളർത്താനോ ഉള്ള ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി ഞാൻ ഭോഗിച്ചാൽ തന്നെയും അതെല്ലാം ദൃശ്യപദാർത്ഥങ്ങൾ ഇനിയാണ് അതൊക്കെ ദൃശ്യമാണ് വിഷയമാണ് നീ വിഷയത്തിൽ നിന്ന് നീ മാറി വിഷയിലേക്ക് തിരിയൂ ദൃക്കിന്റെ സ്വരൂപത്തെ നീ അന്വേഷിക്കൂ ആത്മേക്ഷ വ്യവസീയത മാത്രമല്ല ഇതിന് യുക്തിയുണ്ട് കാരണം നമ്മളെല്ലാവരും ലോകത്തിൽ സുഖം നേടാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും സുഖം നേടാനാണ് പ്രവർത്തിക്കുന്നത് അതിലാർക്കും അഭിപ്രായ വ്യത്യാസം സുഖത്തിന് വേണ്ടി പല വിഷയങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുകയാണ് ഈ വിഷയത്തിൽ സുഖമുണ്ടോ വിഷയത്തെ വിഷയത്തിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അല്ല വിഷയത്തെ എനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ വിഷയത്തിലുള്ള പ്രേമങ്ങളൊക്കെ ആത്മാർത്ഥമാണ് ശ്രദ്ധിക്കണേ വാക്ക് ശ്രദ്ധിക്കണം ഭാഷ ശ്രദ്ധിക്കണം വിഷയത്തിലുള്ള പ്രേമം ആത്മാർത്ഥമാണ് തനിക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ എനിക്ക് വേണ്ടി സ്നേഹിക്കുന്നു ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഞാൻ അതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഇതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എല്ലാത്തിനും ഞാൻ ആത്മാർത്ഥമായ സ്നേഹിക്കുന്നത് ആത്മപ്രേമോ അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല എനിക്ക് എന്നോടുള്ള സ്നേഹം മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ആണോ കുട്ടിയോടുള്ള സ്നേഹം എന്റെ കുട്ടിയായതുകൊണ്ടാണ് എന്റെ കുട്ടി എനിക്ക് വേണ്ടി ഞാൻ എന്റെ കുട്ടിയെ സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടി ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടി ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു ശരി എന്നെയോ എന്നെ ഞാൻ എന്റെ ഭരിക്കു വേണ്ടിയാണ് സ്നേഹിക്കുന്നത് എന്താ അല്ല തത് പ്രേമാത്മാർത്ഥം അന്യത്ര നൈവം തത് പ്രേമ ആത്മാർത്ഥം അന്യത്ര നൈവം ആത്മപ്രേമം ആത്മാർത്ഥമാണ് മറ്റൊരു വിഷയത്തിലും അങ്ങനെയല്ല ഒക്കെ ആത്മാർത്ഥ മറ്റൊരു വിഷയത്തെ നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രേമിക്കുന്നില്ല ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയെ പ്രേമിക്കുന്നില്ല ഭർത്താവിന് വേണ്ടി ഭർത്താവിനെ പ്രേമിക്കുന്നില്ല അല്ലെങ്കുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നെങ്കിൽ പറയാം ഞാൻ എന്റെ വേണ്ടി ഭർത്താവിനെ പ്രേമിക്കണോ അല്ലെങ്കിൽ ഞാൻ ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയെ പ്രേമിക്കണം തെറ്റ് തെറ്റാണ് തന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് താൻ ഉണ്ടാക്കിയ പരിധിയുടെ ഉള്ളിൽ അവൾ നിൽക്കുമ്പോൾ അഥവാൾ അവൻ നിൽക്കുമ്പോൾ അവൻ പ്രേമഭാജനമാകുന്നു അല്ലെങ്കിൽ അവൾ പ്രേമഭാജനമാകുന്നു താൻ സങ്കൽപ്പിച്ച് തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പരിധിയിൽ അപ്പുറത്തേക്ക് അയാൾ പോകുമ്പോഴോ ഇഷ്ടമുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു വിചാരിക്കാം അപ്പൊ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും എന്റെ ഭർത്താവിന് വേണ്ടി ഭർത്താവിനെ സ്നേഹിക്കട്ടെ അതിൽ ഞാനും സന്തുഷ്ടയാണ് കാരണം ഭർത്താവിന് സുഖം ഉണ്ടാവല്ലേ വേണ്ടത് ഏതെങ്കിലും ഭാര്യ അങ്ങനെ പറയാറുണ്ടോ ഉണ്ടോ അത് പറ്റില്ല അപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ചൊരു പരിധിന്റെ ഉള്ളിലാണ് ഞാൻ തളച്ചിട്ടുള്ളത് അതുപോലെ തിരിച്ചു അതുകൊണ്ട് എല്ലാ പ്രേമവും ആത്മാർത്ഥമാണ് ആത്മപ്രേമവും ആത്മാർത്ഥമാണ് അതുകൊണ്ട് നീ ഇത്രയും കാലം വിഷയങ്ങളുടെ പിന്നാലെ പോയില്ലയേ ഇത്രയും കാലം ദൃശ്യത്തിന്റെ പിന്നാലെ പോയില്ലയേ ഇനി നീ ഒരു കാര്യം ചെയ്യൂ ആരാണി തൃക്ക് ആരാണി വിഷയ് എല്ലാത്തിനെ അറിയുന്ന സ്വരൂപം എന്ത് ഇത് നീ ഒന്നാലോചിക്കൂ ആത്മേച്ഛാവ്യവസീയതാം വ്യക്തമാണല്ലോ ആശയം അടുത്ത ഉപദേശം ശ്രദ്ധിക്കണം നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം തന്റെ വീട്ടിൽ നിന്ന് വേഗം പുറത്തേക്ക് പോയിക്കോളൂ എന്തിനാ സ്വാമി ഞങ്ങളോടൊക്കെ അത് ഉപദേശിക്കാൻ തന്നെ ചില എന്റെ പുരി ഈ വിഷയം തിരഞ്ഞെടുത്തേ നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തു നമ്മൾക്ക് വന്ന് പറയുന്നു അത്രയുള്ളൂ നിജഗൃഹാത്തൂർ ശരി ഞങ്ങളെയൊക്കെ ഇപ്പൊ സന്യസിക്കാനുള്ള സന്യസിപ്പിക്കാനുള്ള കാരണം ആത്മേക്ഷാ വ്യവസ്യത എന്ന് പറഞ്ഞു ഈ ദൃക്കിനെ അറിയാനുള്ള അല്ലെങ്കിൽ ദൃക്കിനെ സാക്ഷാൽക്കരിക്കാനുള്ള ഇച്ഛയെ നീ ഉറപ്പിക്കൂ എന്ന് പറഞ്ഞു ഈ ഇച്ഛ അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ വിവിധിഷ അറിയാനുള്ള ഇച്ഛ ഉണ്ടായിക്കഴിഞ്ഞാൽ തൂർണം പെട്ടെന്ന് വിദീർഘം പോയിക്കൊള്ളണം പെട്ടെന്ന് പോയില്ലെങ്കിൽ പിന്നെ മാറാം എന്നാ പറയണത് പിന്നെ വീണ്ടും മാറിപ്പോകാം ഈ ആത്മേക്ഷത വീണ്ടും ഇല്ലാതാവാം അപ്പൊ ആത്മേക്ഷ എപ്പോഴാണോ വന്നത് ഒട്ടനെ തന്നെ തൂർണം പെട്ടെന്ന് പിന്നെ ഒന്ന് ആലോചിക്കാൻ നിൽക്കരുത് വളരെ പെട്ടെന്ന് വിനിർഗമ്യത പുറത്തേക്ക് പോയിക്കോളൂ എവിടുത്തെ നിജഗൃഹാത് തന്റെ വീട്ടിൽ നിന്ന് അതൊക്കെ അദ്വുതാശ്രമത്തിന് എഴുത്തന്നോളൂ നിജഗൃഹ തൂർണം വിനിർഗമ്യത അങ്ങനെയാണോ ചിന്തിക്കുക അതെന്നെയാണ് വാച്യാർത്ഥം വീട്ടിൽ നിന്ന് പുറത്ത് പോയിക്കോളൂ എന്ന് തന്നെയാ ആജ്ഞേക്ഷപ്പുറച്ചുവോ അപ്പോൾ തന്നെ പരിമിതിയിൽ ആഴ്ത്തിവെച്ച എല്ലാ പരിമിതികൾക്കും പുറത്തേക്ക് നീ പോകണം ഇനിയും നീ പരിമിതിയിൽ കഴിയുകയാണെങ്കിൽ നിനക്കൊരിക്കലും അപരിമിത സ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിജഗൃഹാതൂർണം വിനിർഘം യഥാം സന്യസി പൊയ്ക്കോളൂ എന്നെയാണ് പറയുന്നത് ഇത് നിവൃത്തി മാർഗോപദേശമാണ് അത് പ്രവൃത്തി മാർഗോപദേശമല്ല പ്രവൃത്തി മാർഗോപദേശങ്ങൾ നിരവധിയുണ്ട് വേദത്തിൽ നമ്മൾ തന്നെ ഇവിടെ പഠിച്ചിട്ടുണ്ടെന്നാണ് ഓർക്കുന്നത് സത്യം വധ ധർമ്മം ചര സ്വാധ്യായാൻമാമദ ആചാര്യായ പ്രിയം ധനമാഹൃത്യം പ്രജാതന്തു മാവ്യവച്ഛേഹി സത്യാന്ന പ്രമതിദവ്യം ധർമാന്ന ഇനി ഇവിടെ തന്നെ പഠിച്ചിട്ടുണ്ട് ധർമാന്ന പ്രമതി ദവ്യം ഇത്യാദി ഉപദേശം അത് പ്രവൃത്തി മാർഗോപദേശമാണ് ഇത് നിവൃത്തി മാർഗോപദേശമാണ് അതുകൊണ്ട് നിവൃത്തിമാർത്ത നിരനായ ആളോട് പറയുന്നു ആത്മേ ചോറച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനെ ചോറച്ചു കഴിഞ്ഞാൽ ഒട്ടനെ തന്റെ വീട്ടിന് പുറത്തേക്ക് പോയിക്കൊള്ളണം നിജഗൃഹാത്തൂർണം പിന്നീർഗമ്യതാം ഇനി ഇവിടെ സമാധാനത്തിന് പറയുക ഈ നിജഗൃഹാത്തൂർണം പിന്നീർഗമ്യതാം എന്നുള്ളതിന്റെ താല്പര്യം കൂടി മനസ്സിലാക്കുക ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പോയി എന്നുള്ളതുകൊണ്ട് മാത്രം സന്യസിച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ എവിടെയാ വേറൊരു വീട് തരപ്പെടുക വിചാരിച്ചിട്ട് ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല അങ്ങനുണ്ട് ഒരാള് ഒരു കക്ഷി അയാള് കുടുംബമായിട്ട് ഭാര്യയും സന്താനവും ഒക്കെയായിട്ട് അങ്ങനെ ജീവിക്കുകയാണ് അങ്ങനെ ജീവിക്കുന്ന കാലത്തിൽ ഇയാൾക്ക് വോല്യ വിരക്തി ഒന്നാണ് പറയണത് വാല്യ വിരക്തിയാണ് അങ്ങനെ തൂർണം വിദീർഘം വേദം വീട്ടിൽ നിന്ന് വേഗം പുറത്തു പോയി പുറത്തുപോയി പിന്നീട് ഇയാൾ സന്യസിച്ചു എന്നാ പറഞ്ഞത് അങ്ങനെ സന്യാസിച്ചു പേരൊക്കെ മാറ്റി പേരൊന്നും വിളിച്ചു പറയാൻ പോണില്ല എന്തായാലും പേരൊക്കെ മാറ്റി പേരൊക്കെ മാറ്റി സന്യാസിയായി ഇപ്പൊ വീടുമായിട്ടും ഭാര്യയായിട്ടും കുട്ടിയായിട്ടും യാതൊരു ബന്ധമില്ല ഒന്നുമില്ല സന്യാസിയാണ് ഒന്നും ബന്ധപ്പെടാൻ പാടില്ല ആരുമായിട്ടും സന്യാസിയാണ് അപ്പൊ അങ്ങനെ സന്യാസിയാണെങ്കിൽ പിന്നെ എന്തൊക്കെയാ വേണ്ടത് സന്യാസിയുടെ പണി സത്യത്തിൽ എന്താന്ന് ചോദിച്ചാൽ ഇന്നത്തെ ലോകത്തിൽ സന്യാ സന്യാസം എന്ന് പറയുന്നതുമായി ബന്ധപ്പെടുത്തി എത്ര പേര് മനസ്സിലാക്കണമെന്ന് സംശയം സന്യാസിയുടെ പണി എന്താന്ന് ചോദിച്ചാൽ ആത്മാനുസന്ധാനാണ് വേറൊന്നുമല്ല ഈ പറയുന്ന പ്രഭാഷണോ ഒന്നുമല്ല സന്യാസിയുടെ പണി ഇതെന്ന സന്യാസിയുടെ ധർമ്മമല്ല ഈ ചെയ്യണതൊന്നും മനസ്സിലാക്കുക അല്ല അല്ല എന്ന് പറഞ്ഞല്ല പക്ഷേ ഇത് ലോകദൃഷ്ടിയ മനസ്സിലാക്കുന്നത് അങ്ങനെയാ ക്ലാസ് എടുക്കുക പ്രഭാഷണം നടത്തുക പുസ്തകം എഴുതുക വിദ്വാനായിട്ട് ഇതൊക്കെയാണ് സന്യാസിലധർമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ ഇയാൾക്ക് പ്രസംഗിക്കാനാന്ന് പറഞ്ഞാൽ ശരിയാവില്ല പ്രസംഗം കേൾക്കാൻ ആരും അത്രേ അങ്ങനെ വരുമൊന്നുമില്ല എന്നാ പിന്നെ പുസ്തകം എഴുതാമല്ലോ യാസ്തകങ്ങളൊക്കെ എഴുതി പുസ്തകം എഴുതാൻ നാട്ടിൽ പണിയൊന്നുമില്ല വിദ്വാൻമാരിഷ്ടം പോലെ പുസ്തകം എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പത്ത് പുസ്തകം എഴുതി മുമ്പിൽ വെച്ചു കഴിഞ്ഞാൽ നിരത്തി പുസ്തകം മുമ്പിൽ വെച്ചാൽ ഒരു പുസ്തകം ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല പറഞ്ഞാൽ മനസ്സിലായി ഒരു പത്ത് പുസ്തകം നിരത്തി വെച്ചാൽ ഒരു പുസ്തകം ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല പക്ഷെ അത് തൊലിക്കട്ടിയ പാരാട്ടോ ആപാര തൊലിക്കട്ടിയ കാരണം എന്നാൽ ഒരു വാചകമെങ്കിലും മാറ്റണ്ടേ ഒരു വാചകം പോലും മാറ്റാതെ ചിതാന്തപുരസ്വാമിയുടെ ഗ്രന്ഥത്തു നിന്ന് എടുത്തിട്ട് ചിതാന്തപുരുസ്വാമിയുടെ എടുത്തിട്ട് അവതാരി എഴുതാൻ കൊണ്ടോ വളരെ എല്ലാം നന്നായി തീരട്ടെ ശ്രദ്ധ സന്തോഷത്തോടുകൂടി സജ്ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു എഴുതി കൊടുത്തു ആ സ്വാമി ഈ മോഷണം ചെയ്ത് എഴുതി സ്വാമി പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടെന്ന് ഞാൻ കള്ളനല്ലേ ഞാൻ കള്ളനാണ് എനിക്ക് പുതുതായിട്ടൊന്നും പറയാനോ ഇവിടെ പറയുന്ന ഒരു വാക്ക് പോലും പുതിയതില്ല അനാധികാലമായി ആചാര്യന്മാർ പറഞ്ഞു വന്ന വാക്കുകളല്ലാതെ ഒരക്ഷരം നമ്മളിവിടെ പറയണില്ല പുത്തായിട്ട് എന്തെങ്കിലും പറയണമെന്ന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളെ വിളിക്കരുത് പുത്തായിട്ട് പറയണം അറിയില്ല ഒന്നും അറിയില്ല സത്യമാ പറയുന്നത് പുത്തായിട്ട് പറയാ പരമ്പരാഗതമായി പറഞ്ഞു പോകുന്നതിന് എതിര് പറയ പോലെ വേണ്ടേ വേണ്ട ായിട്ടൊന്നും പറയാനില്ല തുറന്നു പറയുകയാണ് അപ്പൊ പിന്നെ നമ്മൾ എഴുതിയത് അയാൾ എഴുത്താണ്ട കുഴപ്പമുള്ള ഒരു കുഴപ്പമില്ല അവതാരി അതുകൊണ്ട് എന്തെങ്കിലും ഒരു വകുപ്പുണ്ട് ഞാനൊക്കെ ഉണ്ടായിക്കോട്ടെ ഏതായാലും അഭിനന്ദിച്ചു പലതും ചെയ്തു കൂടെയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വേണ്ട കാര്യം ഇപ്പൊ കേട്ടത് അയാൾ വേറെ കല്യാണം കഴിച്ചു കഥയല്ല അപ്പൊ ആദ്യം ഒരു വിവാഹം കഴിച്ചൊരു പത്നിയൊക്കെ ഉണ്ടായിരുന്നതിനെ ഉപേക്ഷിച്ചപ്പോ അതിനെ വീണ്ടും ഒന്ന് സംബന്ധമാക്കി എന്നുള്ളതല്ല പുതിയൊന്ന് വേറൊന്ന് കല്യാണം കഴിച്ചു ഇതിപ്പോ ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോയിട്ട് ഒരു കാര്യം ഇല്ല നസ് സമയം ഞാൻ വേറെ വീട് ആശ്രമത്തിലേക്കാണ് പോകണത് ഇവിടെ നീ എന്റെ ആശ്രമം പറഞ്ഞ് കഴിച്ചു കൂടുകാണിച്ചാൽ എന്റെ വീട് എന്ന് പറഞ്ഞ തുല്യമല്ലേ അല്ല എന്റെ വീടും എന്റെ ആശ്രമവും തുല്യമാണോ അല്ലയോ അതെ തുല്യം തന്നെയാണ് കാരണം എന്റെ എന്നുള്ള മമത്വം രണ്ടിടത്തും തുല്യമാണ് എന്റെ മക്കളെയൊക്കെ ഞാൻ ഉപേക്ഷിച്ചു ഇപ്പൊ എന്റെ ശിഷ്യന്മാരാ തുല്യം ഇതിപ്പോ എന്താ പറഞ്ഞ ഈ കുറ്റി മാറ്റി കെട്ടി അത്രയുള്ളൂ വേറൊരു ഗുണം ഉണ്ടായിട്ടില്ല പശു ഒരു കുറ്റി അടിച്ചിട്ട് അവിടെ ഒരു കയറിൽ ഒരു പശുവെ കെട്ടിയിച്ചാൽ ആ കയറ് എത്ര വട്ടത്തിൽ അതിനെ പോകാൻ അനുവദിക്കൂ അത്രയും ഏയാൻ കഴിയൂ അവിടെ ഉള്ളത് മുഴുവൻ തിന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും ഈ കുറ്റി ഒന്ന് പുഴക്കിയിട്ട് ഇപ്പുറത്ത് പോയിട്ട് ഒരാൾ മാറ്റം ഇനി അവിടെയൊക്കെ ഒന്ന് കഴിക്കുക ഇത്രയേ ഉള്ളൂ ഇതുകൊണ്ട് എന്ത് കാര്യം ഒരു പ്രയോജനമില്ല അതുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക എന്നുള്ളതല്ല ഇവിടെ നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം എന്നുള്ളത് കൊണ്ട് താത്വികമായി ഉദ്ദേശിക്കുന്നത് എന്റെ എന്നുള്ള മമത്വബന്ധത്തിനുപരി നീ പോകണം എന്റെ എന്നുള്ള മമത്വബന്ധത്തിനുപരി നീ വിചാരം കൊണ്ട് എത്തിച്ചേരണം എന്റെ വീട് ഏതാ എന്റെ വീട് നമുക്കേതാ എന്റെ വീടുള്ള ആർക്കുള്ള നമ്മളിപ്പോ ഈ എന്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതെ എന്റെ വീട് ഏറ്റവും വലിയ എന്റെ വീടുള്ള ജാതി മലയാളികൾക്കാണ് മലയാളികൾക്കാണ് ഏറ്റവും വലിയ എന്റെ വീടുള്ളത് വേറെ എവിടെ പോയാലും ഇങ്ങനത്തെ ഒന്നും കാണുന്നില്ല ഒക്കെ വീട്ടുകാർ മനുഷ്യന്റെ ആവശ്യത്തിനുള്ള വീടാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയാൽ കാണുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൂടെ പോയാലും മറ്റ് രാജ്യങ്ങളിലൂടെ പോയാലും ഒക്കെ തന്നെ പല സ്ഥലത്തും കൂടി സഞ്ചരിച്ചു നോക്കി പല നാട്ടിലൂടെ സഞ്ചരിച്ചു നോക്കി എല്ലായിടത്തും മനുഷ്യൻ ആവശ്യമുള്ള വീടാണുള്ളത് പക്ഷേ കേരളത്തിൽ പൊതുവെ വീടിനാവശ്യമുള്ള മനുഷ്യന്മാരാ മനുഷ്യന് വേണ്ടി വീടല്ല വീടിന് വേണ്ടി മനുഷ്യൻ അവസാനമൊക്കെ ഉണ്ടാക്കി പിന്നെ തുടയ്ക്കാനും വയ്യ വരാനും വയ്യ ഇതൊക്കെ കൂടിയിട്ട് എന്തിനാണ് ഞാൻ അന്ന് ആലോചിച്ചിട്ട് രണ്ട് വയസ്സായ ആൾക്കാർ ഒരു വലിയൊരു വീട്ടിൽ ഉണ്ടാവും മകളെവിടെയാ മകൾ ആഫ്രിക്കയിലാണ് മകൻ എവിടെയാ അവന അമേരിക്കയില രണ്ടും വരില്ലേ വരില്ല വല്ലപ്പോഴും സ്കൈപ്പിലൂടെ സംസാരിക്കും അത്രയേ ഉള്ളൂ പിന്നെ ഈ വലിയൊരു വീട്ടിലോ ഇവിടെ ഞങ്ങൾ രണ്ടാളാ സ്വാമി അപ്പോൾ രാവിലെ കാരണ രംഗട്ടാ അത് വീട്ടുപണിയുണ്ട് അങ്ങോട്ട് പോയാ എന്ത് ഈ വലിയ കൂട്ടം കണ്ടാളായിട്ട് ഉപദ്രവം അത് കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുക റൈറ്റ് ആയിക്കോട്ടെ കുട്ടികളവിടെ ഒന്ന് താമസിക്കുക അവരൊന്നും താമസിക്കാനൊന്നും പോണില്ല അവരൊക്കെ ഇങ്ങോട്ട് വരുണോ അവരവിടെ സെറ്റിൽ ചെയ്ത് വരാം പിന്നെ എന്തിനാണ് നീ ഇവിടെ പോയി ഉണ്ടാക്കുന്നത് കേട്ടക്കട്ടേന്ന് ഞാൻ എന്റെ കർത്തവ്യം ചെയ്യാം ഇതാണിന്ന് കേരളത്തിന്റെ സ്ഥിതി പറഞ്ഞ സത്യാണല്ലോ എന്ന് ചിന്തിക്കുക മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഇല്ല മറ്റ് രാജ്യങ്ങളിൽ പോയാലും ഇങ്ങനെ ഇല്ല അവിടെ മനുഷ്യന് വേണ്ടി വീട് മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടി വീട് അത്രയേ ഉള്ളൂ ഏറെ അത്യാവശ്യ ജന അപവാദങ്ങൾ ഉണ്ടാവും അത്യാവശ്യം ഇല്ല എന്ന് പറയണില്ല പൊതുവേ ഇല്ല അപ്പൊ ഇവിടെ എന്റെ എന്നുള്ളതാണ് ഇവിടെ ഈ തരം വീടുകളൊക്കെ എന്റെ പറഞ്ഞ് നമ്മൾ വെച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താന്ന് ചിന്തിച്ചാൽ ഈ ശരീരത്തിലുള്ള എന്റെ അല്ലേ ഈ ശരീരത്തിലുള്ള എന്റെ തുടർച്ചയായിട്ടാണല്ലോ ബാക്കി എല്ലാ എന്റെയും വന്നിട്ടുള്ളത് അതെ എന്റെ ഭാര്യ എന്റെ ഭർത്താവ് എന്റെ കുട്ടി എന്റെ അത് എന്റെ ഇത് എന്റെ വീട് എന്തൊക്കെ എൻ്റെ ഉണ്ടോ എല്ലാം വന്നിട്ടുള്ളത് ഈ ശരീരത്തിലുള്ള എന്റെ ഉള്ളെന്നാണ് ഇതിൽ എത്ര പേർക്ക് നമുക്ക് അധികാരമുണ്ട് എന്റെ എന്ന് പൂർണ്ണമായി പറയാൻ ഒരാൾക്ക് അധികാരമുണ്ടോ ഈ കൂട്ടത്തിൽ ഈ ശരീരത്തിൽ പൂർണ്ണമായി നൂറ് ശതമാനം എന്റെ എന്ന് പറയാൻ ഒരധികാരവും നമുക്കില്ല കാരണം ഇതിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് ഇല്ല പൂർണ്ണ സ്വാതന്ത്ര്യം ഒന്നിനെക്കുറിച്ച് എന്റെ എന്ന് പറയുന്ന എന്താ അർത്ഥമുള്ള അവിടെ വരാം ഇത്ര മണിക്ക് അവിടെ പ്രഭാഷണത്തിന് വരാം റൈറ്റ് ഇത്ര മണിക്ക് ഇവിടെ വരാം എന്നൊക്കെ പറഞ്ഞു കഴിതി തയ്യാറാക്കിയിട്ടുണ്ട് ഡയറി കിടക്കിടാ അനങ്ങാണ്ട അവിടെ ആശുപത്രി കിടക്ക് അവിടെ കിടന്നു പത്ത് നാൽപ്പത് ദിവസം കിടന്നു കഴിഞ്ഞ കൊല്ലം അപ്പൊ സ്വാമിക്ക് ശരീരത്തിന് കുറച്ച് രോഗമുണ്ട് അതുകൊണ്ട് വരാൻ പറ്റില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും വ്യവസ്ഥ വിളിച്ചു പറയും എന്ന ദിവസവും രണ്ടും മൂന്ന് സ്ഥലത്തേക്ക് അപ്പോഴോ ഞാനെന്താ പറഞ്ഞേ ഞാൻ അവിടെ എത്തിയിരിക്കും എങ്ങോട്ട് എത്തിയിരിക്കും ശരീരം കൊണ്ട് എത്തിയിരിക്കാം നിങ്ങൾ എന്തേ സമയം എത്താഞ്ഞത് രോഗം വന്നാൽ എന്ത് ചെയ്യും അതുകൊണ്ടല്ലേ കടന്നു പോയിട്ടേ അതുകൊണ്ടല്ലേ വരാഞ്ഞത് അപ്പൊ സാമിക്ക് സ്വാതന്ത്ര്യമില്ലേ ഇല്ല ഇപ്പൊ ഇത്രയേ ഉള്ളൂ ബാക്കി എല്ലാ ഘടകങ്ങളും ഒക്കെ യോജിപ്പാണെങ്കിൽ വരാത്രയേ ഉള്ളൂ അല്ലാണ്ട് എന്താ ഉള്ളത് എത്ര പേരെ അവകാശികൾ പിന്നാലെ ഞാൻ നടക്കേണ്ടിയില്ല മരണമുണ്ട് ജരുണ്ട് രോഗങ്ങളുണ്ട് പലരും പലരുമുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ വേണമെന്ന് വിചാരിക്കണം എല്ലാവരും എപ്പോഴും വരുന്നില്ല വേണ്ട എന്ന് വിചാരിക്കുന്നവരൊക്കെ വരുന്നുണ്ട് ഇല്ല പണ്ടൊരാൾ നമ്മളൊരു വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയ അവസ്ഥയാണ് എന്റെ വീട്ടിലേക്ക് വരൂ പറഞ്ഞാ വിളിച്ചത് അയാൾ ഞാനും വിചാരിച്ചു സന്തോഷമായിരുന്നു അത് പോയിക്കളയാം പോയാൽ എന്തെങ്കിലും ചായോ കാപ്പിയോ എന്തെങ്കിലും ഒന്ന് കിട്ടുമല്ലോ കാരണം എന്റെ വീട്ടിലേക്ക് എല്ലാം വിളിച്ചത് നിങ്ങൾ സന്തോഷത്തിൽ പോയതാണ് വീട്ടിലേക്ക് ഗേറ്റ് കടന്നു അകത്തേക്കങ്ങോട്ട് കടക്കുമ്പോ തന്നെ അവിടെ ഒരു സ്ത്രീ ഉണ്ട് അങ്ങനെ വരുന്നുണ്ട് സ്വാമി എന്റെ ഭാര്യയാണ് വളരെ സന്തോഷമായിട്ടോ ഞാൻ പറയാറില്ലേ ചിദാനന്ദപുരി സ്വാമി അദ്ദേഹമാണത് ആരും ഗൗരിച്ചില്ല അയാൾ ഇടങ്ങായിട്ട് നോക്കുന്നുണ്ട് സ്വാമി ഇത് വല്ലേ സ്വാമിക്ക് ഇതൊന്നും കാണാൻ അറിയില്ലല്ലോ ആ ലോകത്തിൽ യാതൊരു പേരിലും പൊട്ടി വീണാൽ ആ സ്വാമിയൊന്നും അറിയില്ല ഏതായാലും നേരെ മുമ്പോട്ട് നടന്നു ഞാൻ അയാളല്ലേ വിളിച്ചത് ചായ കിട്ടാൻ ഇപ്പം ഭാര്യ വേണമെന്നെങ്കിലും അയാൾ തരുമല്ലോ അത് ഇയാൾ കൂടെ തന്നെ നടന്നു എന്നും കാണില്ലേ അപ്പോൾ മുമ്പിൽ വലിയ മുറിയിൽ സോഫേന്റെ മുകളിൽ സാധനമുണ്ട് കയറി ഇറങ്ങി കളിക്കുന്നത് സ്വാമി എന്റെ മോനാണ് മോനെ സ്വാമി നമസ്കരിക്കണം വേറെ പണിയില്ല ആലോചിച്ചൊക്കെ തമാശ പറയാനുള്ളത് അപ്പോഴും പാവടങ്ങളായിട്ട് നോക്കി സ്വാമി ഒന്നും കാണുന്നതേ സ്വാമി ഇതൊന്നും കാണുകയില്ല കേൾക്കില്ല ലോകത്തിലെ യാതൊരു വിവരമില്ലാത്ത ആളാണ് സ്വാമി ലോകത്തിനെ കുറിച്ചൊന്നും അറിയില്ല കുട്ടി വീണതാണ് ആകാശത്തൊന്നും അങ്ങനെയാണ് ഈ സന്യാസിമാരും കുട്ടി വീഴാണ് കുറച്ചു കഴിഞ്ഞാൽ ഒരാളെ ഗേറ്റ് കടന്നിങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട് ഇയാൾ വരുന്നത് കണ്ടപ്പോ തന്നെ ഈ ചെമാതിര മുഖം ചുമന്ന് തുടുക്കാൻ തുടങ്ങി ദേഷ്യം കൊണ്ട് മുറ്റത്തേക്ക് ആൾ കടന്നു പറഞ്ഞു വരരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എങ്ങോട്ട് കടക്കരുതെന്ന് ഇയാൾ പറഞ്ഞത് കേൾക്കാതെ നേരയാൾ അകത്തേക്ക് അത് കയറി പോയെ ഇനി ഒറ്റ ചോദ്യം മാത്രം ബാക്കി എന്റെ വീട് എന്ന് പറഞ്ഞ എന്താ ഇയാള് വേണം എന്ന് പറഞ്ഞ ആരും ഇയാൾ അനുസരിക്കുന്നില്ല വേണ്ട എന്ന് ഒരു വന്നു ചേരുന്നു അയാളും അനുസരിക്കണില്ല വരണ്ടെന്ന് പറഞ്ഞാൽ വരുന്നു വരാൻ പറഞ്ഞാൽ വരുന്നില്ല എന്റെ വീട് പറഞ്ഞത് എന്തർത്ഥാണ് ഒന്ന് നിമിഷം ചിന്തിച്ചു നോക്കൂ ഒരു നിമിഷം നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ദിവസം സുഖം ഉണ്ടാവണം സന്തോഷം ഉണ്ടാവണം ഇല്ലേ ഉണ്ടൗണ്ടോ ഇല്ല രോഗം വരരുത് നമുക്ക് ആഗ്രഹിക്കേ മരണം വരരുത് ആഗ്രഹമില്ലേ സത്യം പറയണം കള്ളം പറയരുത് ആഗ്രഹമുണ്ട് എന്തിനാ വെറുതെ കള്ളം പറയണേ മരണം വരരുത് നമുക്ക് ആഗ്രഹമുണ്ട് ദുരിതം കാണുമ്പോ നമ്മൾ പ്രാർത്ഥിച്ചു പോകും ഭഗവാനെ അയാളൊന്ന് പ്രാണൻ പോയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കില്ലേ ഇല്ല എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും അത്രയും ഒരു ദുരവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ സദ്ബുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കും ഭഗവാനെ ആ കഷ്ടപ്പാടൊന്ന് തീർത്തു കൊടുക്കണേ പക്ഷേ അയാളുടെ ആഗ്രഹം എന്താ നമ്മൾ കാണാൻ പോയ ഒരാളെ ഒരു രോഗിയെ കാണാൻ പോയി കഥയല്ലിത് ഒരു പരിപാടിക്ക് പോയപ്പോ അവിടെ ഒരു രോഗിയെ കാണാൻ പോയാൽ നമ്മൾ പരിചയമുള്ള ആളാണ് ചെന്നു വീട്ടിലേക്ക് കടന്നു ശരിക്കും പറഞ്ഞ ഉമ്രവാദം എടുത്തു തന്നെ തടഞ്ഞു ഭാര്യ സ്വാമിജി എങ്ങനെയെങ്കിലും അന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനിയും കഷ്ടപ്പാട് കാണാൻ പോയി വേറൊന്നുകൊണ്ടല്ല കാണാൻ വയ്യ അതുകൊണ്ട് സ്വാമി ഒന്ന് സങ്കല്പിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് മനസ്സിലായല്ലോ എന്താന്ന് മനസ്സിലായല്ലോ ആ ശരി അകത്തേക്ക് കിടന്നു മോള് സ്വാമി വ്രണം ബെഡ്സോറ് വന്നിട്ട് എന്ത് ചെയ്തിട്ടും മാറുന്നില്ല എന്തൊക്കെ മരുന്ന് മാറി മാറി ചെയ്തു ഒരു മാറുന്നില്ല ദിവസം ദിവസം തുളഞ്ഞു പോവുകയാണ് ഞങ്ങളാണിച്ചാൽ ലീവെടുത്ത് വന്നു കൂടിയിട്ട് കുറെ കാലായി രണ്ട് പ്രാവശ്യം ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു മനസ്സിലായില്ലോ രണ്ടു പ്രാവശ്യം ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു പക്ഷ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇടയാവരുതുമ്പ് ഞങ്ങൾ ഈ പോണെന്നാ പ്രാർത്ഥിക്കുന്നത് ആരെ കൊണ്ടാ അച്ഛനെ കൊണ്ടാ കുട്ടികളെ കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ല അപ്പോഴത്തേക്ക് രണ്ടാമത്തെ മോള് അച്ഛന്റെ കഷ്ടപ്പാട് കാണാൻ പയ്യ അങ്ങനെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ പറഞ്ഞ തട്ടലും മുട്ടലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുവിധം രോഗിയുടെ അടുത്തെത്തി ഇയാള് കൈകൂപ്പി പറയുകയാണ് സ്വാമി ഒറ്റ പ്രാർത്ഥനയുള്ളൂ കുറച്ചു കാലം കൂടി ഇത് അസത്യമല്ല ഇതിൽ അതിശയോക്തി ഇല്ല ഇതിൽ ന്യൂനോക്തി ഇല്ല ഉള്ളത് ഉള്ളതുപോലെ പറയുക ഇപ്പൊ ഭാര്യ എന്താ സ്വാമിയോട് പ്രാർത്ഥിച്ചേ ഒന്ന് വേഗം ഒന്ന് സങ്കല്പിച്ചിട്ട് ഒന്ന് വേഗം ഒഴിവാക്കി തരണം മൂത്ത മോടു അത് തന്നെ രണ്ടാമത്തെ മോടു അത് തന്നെ വ്യാഴ പ്രാർത്ഥന ഇതാ കുറച്ചു കാലം കൂടി ഇതുപോലെയൊക്കെ തന്നെ കിടക്കാൻ ഏട്ടയാക്കണം കാരണം വാനഭൂവം ഹി ഭൂയാസം ഇത് ഞാൻ ഇല്ലാതാവരുതേ ഞാൻ എപ്പോഴും ഉണ്ടാവണേ എന്നാണ് നമ്മളൊക്കെ സങ്കൽപ്പിക്കുന്നത് അപ്പോ ഈ മരണത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാ മരണം ഉണ്ടാവണില്ലേ സുഖം എപ്പോഴും ഉണ്ടാവണം ഇഷ്ടപ്പെടുന്നുണ്ട് സുഖം എപ്പോഴും ഉണ്ടാവുന്നുണ്ടോ അപ്പൊ പിന്നെ നമുക്ക് അധികാരമില്ലാത്ത ഒരു സാധനത്തില്ല എന്റെ എന്ന് പറഞ്ഞാൽ എന്താ അധികാരമുള്ള ഒരധികാരമില്ലാതിൽ എൻ്റെ പൂർണ്ണമായി പറയാം പിന്നെ പറയാം ഏതുപോലെ ചോദിച്ചാൽ നമ്മളൊരു ഒരു ട്രസ്റ്റിനെ സംബന്ധിച്ച് പറയാറുണ്ട് ഇതെന്റെ ട്രസ്റ്റാ അല്ലെങ്കിൽ ഇതിന്റെ പ്രസിഡന്റ് ഞാനാ ആ ചിദാനന്ദ സ്വാമിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാ ഒക്കെ പറയുന്നുണ്ട് ട്രസ്റ്റിനെ കൊണ്ട് എന്താ ട്രസ്റ്റിൽ അധികാരമുള്ളത് അതിൽ എഴുതപ്പെട്ട നിയമാവലി അനുസരിച്ച് അതിനെ കൊണ്ട് നടക്കാൻ അധികാരമുണ്ട് വേറൊരധികാരമില്ല അതിൽ ഫൗണ്ടർ എന്താണോ നിയമം അത് അവനവനാണെങ്കിൽ പോലും ഞാനാണ് ഈ ട്രസ്റ്റിന്റെ ഫൗണ്ടർ അത് ചിട്ട എനിക്ക് തോന്നിയോന്നും പറ്റില്ല ഞാൻ അന്ന് എഴുതി വെച്ച നിയമം അനുസരിച്ച് ഇതിനെ നടത്തിക്കൊണ്ടുപോവാൻ മാത്രമേ ഒരു ട്രസ്റ്റിക്ക് അധികാരമുള്ളൂ ഇത്ര വെള്ളം കൊടുത്തോളൂ ഇത്ര ലിറ്റർ വെള്ളം കൊടുക്കണം ഇത്ര ഭക്ഷണം കൊടുക്കണം ഇത്ര വിശ്രമം കൊടുക്കണം ഇതിനനുസരിച്ച് കൊടുത്തോളണം മര്യാദയ്ക്ക് കൊണ്ടോവാം അത്രയേ ഉള്ളൂ അപ്പൊ ഈ ശരീരത്തിൽ പോലും വാസ്തവത്തിൽ വിചാരം ചെയ്താൽ എന്റെ എന്ന് പറയാൻ നമുക്ക് ഇത്രേ അർഹതയുള്ളൂ എങ്കിൽ പിന്നെ മമഗൃഹം നിജഗൃഹം എന്ന് പറയാൻ എന്താ പർത്തമുള്ള അതുകൊണ്ട് ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കി ഈ മമത്വ കൽപ്പനയിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വന്നാലും നിജഗൃഹാത് പൂർണം വിനിർഗമ്യത സ്വന്തം വീട്ടിൽ നിന്ന് വേഗം പുറത്തേക്ക് വന്നാലോ വ്യക്തമാണല്ലോ നോക്കൂ വേദോ നിത്യമധീയതം തതുദിതം കർമ്മസ്വനുഷ്ഠീയതം തേനേശ വിധീയതമപജിതി കാമ്യേമതി സ്ജ്യതം ാംസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാവ്യവസീയതാം നിജഗൃഹാത് പൂർണം വിനിർഗമ്യതാം അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വിട്ടു ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിട്ടു ഇനി എന്ത് ചെയ്യണം ഇത് വളരെ വലിയൊരു ചോദ്യമാണ് നിവൃത്തി മാർഗത്തിൽ തന്നെ ചലിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത് അപ്പൊ പ്രവൃത്തി മാർഗത്ത് ചരിക്കുന്നവർക്കും അത് അനുവാദം ചെയ്ത് അവനവന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് മനസ്സിലാക്കാം ആ അപ്പൊ രണ്ടർത്ഥവിടെ പറഞ്ഞു ഒന്ന് തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിക്കോളാം അത് നിവൃത്തി മാർഗത്ത് തന്നെയാണ് സെന്യസ്റ്റാണ്ട് പോയിക്കോളാം രണ്ടാമത് വ്യാഖ്യാനിച്ചൊക്കെ ഒന്ന് നേരെയാക്കി എന്താണത് വീട്ടിൽ നിന്നും പോയിക്കൊള്ളണം എന്നില്ല മമത്വത്തിന്റെ കെട്ടുപാടിന്റെ ഉള്ളെന്ന് പോയാൽ എന്നൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വ്യാഖ്യാനിച്ചു എന്നൊന്ന് മിനസപ്പെടുത്തി പറഞ്ഞു ഈ രണ്ടു നിലയ്ക്കായാലും ശരി ഇനി ഇപ്പം എന്താ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പ്രായോഗികമായിട്ട് വേദാന്ത ചർച്ച എന്നൊക്കെ മാറി പ്രായോഗികമായി ലോകത്തില് പ്രത്യേകിച്ച് ധാരാളം ധുക്കൾ ഒക്കെ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ ഓരോ വിദ്യാർത്ഥിയുടെ ദൃഷ്ടിയോടുകൂടി ഒന്ന് സഞ്ചരിച്ചാൽ വളരെ വിഷമം കണ്ടനുഭവിക്കാൻ സാധിക്കും അതായത് വീട് വിട്ടും നാട് വിട്ടും അച്ഛനെ വിട്ടു അമ്മയെ വിട്ടു എല്ലാം ഈശ്വര സങ്കല്പത്തോടുകൂടി അല്ലെങ്കിൽ ആത്മേച്ഛയോടുകൂടിയൊക്കെ ചെയ്തതാ പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും പിന്നെ ചില സാഹചര്യങ്ങളുമായി സമരസപ്പെട്ട് താൻ എന്തിന് വിട്ടു എന്തിന് വന്നു എന്നെല്ലാം തീർത്തും വിസ്മരിച്ച് അതെ തീർത്തും വിസ്മരിച്ച് ഉയർന്നവരെ നമുക്ക് കാണാൻ സാധിക്കും ഒന്നുകിൽ മയക്കുമരുന്നുകളായിട്ടോ മദ്യവും മറ്റുമായിട്ടോ അല്ലെങ്കിൽ ആശ്രമങ്ങൾ തോറും ഭണ്ഡാരയ്ക്ക് പോകുന്നവരായിട്ടോ അല്ലെങ്കിൽ ഞാൻ വലിയ സന്യാസിയാണെന്നുള്ള നാട്യത്തോടുകൂടി വലിയൊരു ഭരണാധികാരിയായിട്ടോ ഇങ്ങനെ പലതരത്തിൽ താൻ എന്തിനാണ് ഈ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതെന്ന് വിസ്മരിച്ചു കഴിയുന്നവരെ കാണാൻ സാധിക്കും വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഇത് രണ്ട് നിലയ്ക്കുണ്ട് ഒന്ന് ആശ്രമങ്ങളിൽ സന്യാസാശ്രമങ്ങളിലും മറ്റും കഴിയുന്നവർ പൊതുവെ സുഖമായി സമൃദ്ധമായി ജീവിക്കുമ്പോൾ മണി അടിച്ചാൽ പോയി ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ള നിലയ്ക്ക് അതും സുഖസമൃദ്ധമായ ഭക്ഷണങ്ങൾ കിട്ടുമ്പോൾ മറന്നു പോകും ഞാൻ എന്തിനാണ് ഈ നിജഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് പ്രത്യേകിച്ച് നാലാൾ വന്ന് ദക്ഷിണ കൊടുക്കുകയും കൂടി ചെയ്താൽ പറയും വേണ്ട ഞാൻ തന്നെ സർവജ്ഞൻ ഞാൻ തന്നെ ശങ്കരാചാര്യ അതെ അതൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ ആശ്രമങ്ങളിലൊന്നും അല്ലാതെ കറങ്ങി നടക്കുന്നവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗവും മദ്യവും മയക്കുമരുന്നുകളും പ്രത്യേകിച്ച് കഞ്ചാവും ഒക്കെയായിട്ട് കഴിയുന്നവരാണ് ഇതൊരു സത്യമാണ് ഈ പറഞ്ഞത് നല്ല നല്ല ചെറുപ്പക്കാർ ഇവിടെ ഏതൊരു വ്യക്തിക്കും താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തെറ്റമ്മ ജീവിത സാഹചര്യം എന്റെ ഗൃഹം വളർന്നു വന്ന ഗൃഹം പ്രത്യേകിച്ച് പറയുന്നു വളർന്നു വന്ന ഗൃഹം ഇതിനൊക്കെയായിട്ടൊരു താതാത്മ്യം നമുക്കുണ്ട് ഇതിനെല്ലാം ഉപേക്ഷിച്ച് പോവാൻ തക്ക വിധം ദൃഢമായ ആത്മേക്ഷ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അത് വിട്ടുപോവില്ലല്ലോ അല്ലെങ്കിൽ വിടാൻ കഴിയില്ല വെറുതെ നമ്മൾ ധരിക്കുക മാത്ര കഴിയില്ല അപ്പൊ ഗൃഹത്യാഗം ഒരാള് ആത്മേക്ഷയോടുകൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാതെ വേറെ എന്തെങ്കിലും കാരണവശാലാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെയുണ്ട് വേറെ വരെയൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗൃഹത്യാഗം ചെയ്യുക അങ്ങനെയൊക്കെ പലരുണ്ടാവും ഏതെങ്കിലും കേസ് ഉണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒളിച്ചുവിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ചില സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഗൃഹത്യാഗം ചെയ്യുന്നവരുണ്ട് അവരെക്കുറിച്ചല്ല പറയുന്നത് ആത്മേച്ഛയോടുകൂടി ഗൃഹത്യാഗം ചെയ്യുന്നവര് അത്യുച്ചകോടിയിൽപ്പെട്ട വൈരാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഗൃഹത്യാഗം ചെയ്യാൻ സാധിക്കൂ അല്ലാണ്ട് സാധിക്കില്ല കാരണം ഒരു ഭാഗത്ത് പെറ്റ അമ്മ ഉണ്ടാവും പോറ്റി അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ താൻ വളർന്നു വന്ന വീടുണ്ടാവും താൻ ഇത്രയും കാലം എന്തിനോടൊക്കെ താതാത്മ്യപ്പെട്ടോ ആ സുഖകരങ്ങളായ സാഹചര്യങ്ങളുണ്ടാവും ഈ സാഹചര്യങ്ങളെ ഒക്കെ വിട്ടു പോണമെങ്കിൽ നിശ്ചയമായും അത്ര വലിയ ആത്മേക്ഷാവിന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനനുസൃതമായൊരു ജീവിതക്രമം എനി പരിപാലിക്കുന്നില്ലെങ്കിൽ അത്യാപകടമാണ് നമുക്ക് പലപ്പോഴും ഒരു ഉപമ തോന്നാറുണ്ട് തോന്നാറ് മാത്രല്ല പൊതുവേദികളിൽ പ്രസംഗങ്ങളിൽ പറയാറുമുണ്ട് വളരെ ശക്തമായ ഭൂഗുരുത്വ ആകർഷണം ഭൂമിയുടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഈ ഭൂഗുരുത്വ ആകർഷണത്തെ ഭേദിച്ച് ഒരു റോക്കറ്റിനോ മറ്റോ പുറത്തേക്ക് പോണമെങ്കിൽ അതിനമിതമായ വേഗത വേണം നമുക്കറിയാം അതിൻ്റെ കണക്കൊക്കെ നമുക്കറിയാം ആ വേഗതയോടുകൂടി ഒരു ശൂന്യാകാശ പേടകത്തെയും വഹിച്ച് ഒരു റോക്കറ്റ് പോകുന്നു നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ ഭൂമിയുടെ ആകർഷണത്തിന്റെ പരിധി സീറോ ആവുന്ന സമയത്ത് ഇതിന്റെ വെലാസിറ്റിയും സീറോ ആയി ഇനിയോ ഇനി പുറത്തേക്ക് പോയില്ല ആ സമയത്ത് അൽപ്പ വെലോസിറ്റി ഉണ്ടെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കും കാരണം ഇനി ഗുരുത്വാകർഷണമില്ല അതുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും പക്ഷെ ആ സമയത്ത് ഇയാൾക്ക് വെലോസിറ്റി ഇല്ലാതായി സ്പീഡില്ല നീങ്ങുന്നില്ല അങ്ങോട്ട് പോവോ പോവില്ല ഇങ്ങോട്ട് വിഴുവോ വീഴുക വീഴില്ല കാരണം ഭൂഗ്രത് ആകർഷണമില്ല നിന്നെടുത്ത് നിൽക്കുമോ നിൽക്കില്ല കറങ്ങടാ കറക്കം കറങ്ങിക്കൊണ്ടേയിരിക്കും അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും വീഴില്ല നിങ്ങട്ട് വീണാ മതിയായിരുന്നു സമാധാനമായിരുന്നു അതുമില്ല അങ്ങോട്ടൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു അതുമില്ല അത് കറങ്ങിക്കൊണ്ടേയിരിക്കും എത്ര കാലം കറങ്ങുന്നു ചോദിച്ചാൽ ഉള്ള കാലത്തോളം കറങ്ങും ഇതാണ് സംഭവിക്കണം അങ്ങേയറ്റത്തെ വിരക്തിയോടുകൂടി ഗൃഹത്യാഗം ചെയ്തു പക്ഷെ ഒരു നിശ്ചിത അകലത്തിലെത്തി പല വിട്ടുവീഴ്ചകൾ ചെയ്തു പലതിനു വേണ്ടിയായിപ്പോയി ആ വൈരാഗ്യങ്ങളുടെ നഷ്ടപ്പെട്ടു നേടേണ്ടതിനെ നേടിയിട്ടുമില്ല എങ്കിൽ മുന്നോട്ടും പോവില്ല പിന്നോട്ടും പോയില്ല നിന്നെടുത്ത് നിൽക്കുകയില്ല പിന്നെ കറങ്ങടാ കറ ഈ കറക്കമായി പോകും സാധകന്റെ ജീവിതം വളരെ കരുതലോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ കരുതലോടുകൂടെ അതുകൊണ്ട് ഗൃഹത്യാഗം ചെയ്താൽ വളരെ ശ്രദ്ധിക്കേണ്ട ഘട്ടങ്ങൾ വരുന്നു എന്തൊക്കെയാണ് സങ്കസത്സുവിധീയതാം ഭഗവതോ ഭക്തിർ ദൃഢാധീയതാം ദൃഢതരം കർമാശു സന്യജ്യതാം സദ്വിദ്പസർ പ്രതിദിനുക്കെ സഹകാക്ഷരമ്യത ശ്രുതിചിരോ വാക്സർയത സങ്കത് സത്സുവിധീയ ഭഗവത്തോ ഭർദാധീയത ശാത പരിചീയത ദൃഢതരം കർമാശു സജ്യത സദ്വിദ്വാൻ ഉപസർപ്പം പ്രതിദിനുക്കരമ്യത ശ്രോതിശീരോ വാക്യം സമാഹർണ്യാം ഇപ്പൊ വീട് വിട്ടു ഇനി ഇപ്പൊ എന്താ നിന്റെ പരിപാടി സംഘ സത്സുവിധീയതാം സത്സു സംഗ വിധീയതാം സത്തുക്കളിൽ സംഘം വിധിക്കട്ടെ സജ്ജനങ്ങളോടുകൂടെ സംഘം ചെയ്താലും അതാണ് ഇനി വേണ്ടത് എപ്പോഴും നീ വിവേകത്തോടുകൂടി നല്ല വിചാരത്തോടുകൂടി ഈ ഭവസുഖത്തിൽ ദോഷം ദർശിച്ച് ദൃശ്യപ്രപഞ്ചത്തിലൊന്നും വലിയ എന്ന് ശരിക്ക് തിരിച്ചറിഞ്ഞ് ആത്മേച്ഛ ഉറപ്പിച്ച് ആ ആത്മേക്ഷയോടുകൂടി വീട് വിട്ടവനാണ് ശരിയാണ് അതൊക്കെ സമ്മതിച്ചു പക്ഷേ ഇനി നല്ലപോലെ സത്സംഗം ചെയ്തോളണം ഇനി സത്പുരുഷന്മാരുമായി സംഘം ചെയ്യുന്നില്ല എങ്കിൽ അപകടമാണ് നേരത്തെ പറഞ്ഞ രണ്ടു തരത്തിൽപ്പെട്ട അപകടങ്ങളും സംഭവിക്കും രണ്ടു തരത്തിൽപ്പെട്ട അപകടവും ഒന്ന് പറഞ്ഞത് ഈ പല അനർത്ഥങ്ങളിൽ ചെന്ന് നേർക്കുമരുന്നു അതും ഇതും എവിടെയാ ഭണ്ഡാരം നോക്കി നടക്കലും ഒക്കെയാവും ഇതാ മിക്കവാറും കാണാം നൂറുകണക്കിന് നല്ല യുവാക്കളെ കാണാം എവിടെയാ ഭണ്ഡാര നോക്കി നടക്കുകയാണ് ടിക്കറ്റ് വാടിയിട്ട് ഇന്ന് ഈ ആശ്രമത്തിലാണ് അവിടെ പോയി ഇത്ര ഗഡുണ്ടാവും ഇത്ര ജിലേബി ഉണ്ടാവും ഇത്ര ദക്ഷിണ കിട്ടും അപ്പോഴത്തേക്കടുത്ത നാളത്തെ ടിക്കറ്റായി ഇത് ഞാൻ ഇതിന്റെ പിന്നാലെ പോകുക വേറെ ചിലർ മയക്കുമരുന്നായിട്ടും മദ്യമായിട്ടും അനാശാസ്യങ്ങളായിട്ടും ഒക്കെ അങ്ങനെ ഒരു വിഭാഗം വേറൊരു വിഭാഗം വലിയ വലിയ മഠങ്ങളിലൊക്കെ ആശ്രമത്തിലൊക്കെ മഠാധിപതിയായിട്ട് ഞാൻ ആരാന്ന് സ്വയം മറന്ന് ഞാൻ എന്തിനാണ് വന്നത് ആരാണ് ഞാൻ അന്നെല്ലാം വിസ്മരിച്ച് വലിയ മഠാധിപതിമാരായിട്ട് അതെ ഒരു ചെറുപ്പക്കാരനെ ഒരു നാട്ടിൽ നിന്ന് ഒരു ഗ്രാമത്തിലാണ് അയാൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ആ നാട്ടിലുള്ള ചില സത്സംഗ പുതുക്കികളായിട്ടുള്ളവർ അവരുടെ സത്സംഘത്തിനൊക്കെ കൂട്ടിക്കൊണ്ടു അങ്ങനെ സത്സംഘത്തിലൊക്കെ പ്രേരണ കൊടുത്തു പല മഹാത്മാക്കളുടെയും ക്ലാസുകളിലൊക്കെ കൂട്ടിക്കൊണ്ടു അങ്ങനെ അങ്ങനെ അങ്ങനെ ഇയാൾക്ക് ക്രമേണം വേദാന്ത ശാസ്ത്രത്തിലേക്കൊക്കെ കുറച്ച് അഭിരുചി വന്നു അങ്ങനെ വേദാന്തമൊക്കെ കുറച്ച് കുറച്ച് പഠിച്ച് പഠിച്ച് അങ്ങനെ വന്നു അപ്പോ ഒരാശ്രമത്തില് ഒരു പഠന പദ്ധതിയുണ്ട് ചെറുപ്പക്കാരെ വിളിച്ചു താമസിച്ച് ശാസ്ത്രം പഠിക്കാൻ സ്വാഗതം അങ്ങനെ ഇയാൾ അവിടെ പോയി ചേർന്നു അപ്പൊ ഇവർക്ക് സത്സംഗത്തിനൊക്കെ പ്രവേശിപ്പിച്ചവർക്ക് വലിയ സന്തോഷമായി ഇയാളെങ്കിലും എന്തായി നല്ലൊരു ബ്രഹ്മചാരിയായിട്ടൊക്കെ അങ്ങനെ സന്യാസിയൊക്കെ ആയിട്ട് അങ്ങനെ വരുമല്ലോ എന്നുള്ള സന്തോഷം അങ്ങനെ വിചാരിച്ച പോലെ തന്നെ അയാൾ പോയി പഠിച്ചു അവിടുന്ന് ബ്രഹ്മചാരി പട്ടമൊക്കെ കിട്ടി ഇത് കേട്ടപ്പോ ഈ അപ്പോ ഇവർക്ക് കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ട് ഇവർക്കൊരാഗ്രഹം ഇദ്ദേഹത്തൊന്നും പോയി കണ്ടാൽ തരക്കേടില്ല വളരെ കഷ്ടപ്പെട്ട് ഈ രണ്ടു മൂന്ന് പേര് ഇദ്ദേഹത്തിന് സത്സംഗത്തിനൊക്കെ ആദ്യകാലത്ത് ഒച്ചുകുട്ടിയാവുമ്പോ തന്നെ ആകർഷിച്ചുകൊണ്ട് നടന്നവര് ഇദ്ദേഹത്തെ കാണാൻ പോയി അപ്പോഴത്തേക്ക് ഇദ്ദേഹാരാന്നറിയോ അറിയപ്പെടുന്ന ഒരാശ്രമത്തിന്റെ ഒരു ബ്രാഞ്ചിന്റെ ഹെഡായിട്ടുണ്ട് ഹെഡാ ഇവര് വളരെ സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി ചെന്നെങ്കിലും ഇദ്ദേഹം ഇവിടെയോ കണ്ടുവരികയുണ്ടല്ലോ മനസ്സിലായില്ല എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ ഉണ്ടാവും ഞങ്ങൾ പോയി വരാമെന്ന് പറഞ്ഞ് ഇവരെ ഇറങ്ങി ഇത് കഥയല്ല കാരണം പത്ത് ഭക്തന്മാര് നൂറ് ഉപയോഗ കൊടുക്കുന്ന ആശ്രമത്തിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ കൊടുക്കുന്ന ഒരാശ്രമത്തിൽ മഠാധിപതിയായി വന്നപ്പോഴത്തേക്ക് ഇയാൾ മറന്നു ഞാൻ ആര് ഞാൻ എന്തിനു വന്നു ഇയാളീ മാർഗത്തിലേക്ക് നയിച്ച ജ്ഞാനവൃദ്ധന്മാരും വയോവൃദ്ധന്മാരുമായവരെ കണ്ടപ്പോ തിരിച്ചറിഞ്ഞില്ല സ്വാമി തിരിച്ചറിയായും ആ സംഭവിച്ചതായിരിക്കും കുറേ കൊല്ലം കഴിഞ്ഞാൽ മുഖപരിചയമൊക്കെ നഷ്ടപ്പെടില്ലേ അത്ര കൊല്ലമൊന്നും കഴിഞ്ഞിട്ടില്ല അന്നേ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതാണ് ലോകം അതുകൊണ്ട് ഗൃഹത്യാഗത്തിന് ശേഷം വളരെ ശ്രദ്ധിക്കണം സംഘസത്സുവിധീയത സജ്ജനങ്ങളുമായി സംഘം നിരന്തരമുണ്ടാവണം സത്സംഗത്തിലൂടെ മാത്രമേ സംസ്കൃതനാവൂ സംസ്കൃതനാവാൻ വേറൊരു വഴിയും ഇല്ല സംഘം മാത്രമേ ഉള്ളൂ വേറൊരു വഴിയും ഇല്ല അതുകൊണ്ട് സംഘ സത്സു വിധീയത അവിടെ നിൽക്കട്ടെ ബാക്കി നമുക്ക് നാളെ കൃത്യസമയത്തിനാവാം നിത്യ നൈമിത്ക കർമ്മങ്ങൾ എന്തെല്ലാമാണ് ഭഗവാനില്ല അത് കുറച്ച് കർമ്മ ചോദ്യമാണല്ലോ നിത്യകർമ്മങ്ങൾ നിത്യകർമ്മങ്ങൾ നൈമിത്യ കർമ്മങ്ങൾ നൈമിത്യ കർമ്മങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതിയോ അപ്പോ നിത്യവും അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങൾ നിത്യകർമ്മങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല നിത്യവും അനുഷ്ഠിച്ചിരിക്കണം എന്ന് വിധിക്കപ്പെട്ട കർമ്മങ്ങളാണ് നിത്യകർമ്മങ്ങൾ ചില നിമിത്തങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളാണ് നൈമിത്തിക കർമ്മങ്ങൾ ഈ രണ്ടെണ്ണം പറയണ സ്ഥിതിക്ക് മൊത്തം കർമ്മങ്ങൾ പറയാമെന്ന് വിചാരിക്കാം വൈദികമായി കർമ്മങ്ങൾ നാലാണ് നിത്യം നൈമിത്തികം കാമ്യം പ്രായശ്ചിത്തം അപ്പൊ നിത്യം എന്ന് പറഞ്ഞാൽ നിത്യവും ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്തത് നൈമിത്തികം എന്ന് പറഞ്ഞാൽ നിമിത്തങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത് എന്നും ചെയ്യേണ്ടതല്ല നിത്യം ചെയ്യേണ്ടതല്ല നിമിത്തം വരുമ്പോൾ ചെയ്താൽ മതി പിന്നെ മൂന്നാമത്തത് കാമ്യം കാമ്യം എന്ന് പറഞ്ഞാൽ കാമനാപ്രാപ്തിക്ക് ചെയ്യേണ്ടത് ആഗ്രഹങ്ങൾ നേടുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് കാമ്യം പിന്നെ പ്രായശ്ചിത്തം അതായത് വിഹിതമായത് ചെയ്യാതിരുന്നാലോ നിഷിദ്ധമായത് ചെയ്തു പോയാലോ ഉണ്ടാവുന്ന പാപം ഇല്ലാതാക്കാൻ ചെയ്യുന്നത് പ്രായശ്ചിത്താം ഇങ്ങനെ നാല് തരം കർമ്മങ്ങളെയാണ് വേദം വിധിക്കുന്നത് അപ്പൊ നിത്യം എന്ന് പറഞ്ഞാൽ നിത്യവും ചെയ്യേണ്ടത് അതെന്തൊക്കെ ഒട്ടനവധി പറയാം കുറച്ചൊന്നല്ല അത് ആശ്രമ ഭേദത്തിനനുസരിച്ച് മനസ്സിലാക്കണം ഉദാഹരണം പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയോട് എന്താണ് നിത്യകർമ്മം എന്ന് ചോദിച്ചാൽ പഠിക്കുക എന്നുള്ളത് തന്നെയാ മുഖ്യ ബാക്കിയെല്ലാം രണ്ടാമത് വരുന്നതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നിത്യകർമ്മം എന്തെന്ന് ചോദിച്ചാൽ പഠിക്കുക പഠിക്കുക പഠിക്കുക അധ്യയനം ഓർന്നില്ല പിന്നെ അദ്ധ്യയത്തിന് അനുസൃതമായിട്ട് വേറെ ആവാം ചില യജ്ഞങ്ങളൊക്കെ പക്ഷെ അധ്യയനമാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മുഖ്യം ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് നിത്യകർമ്മം എന്ത് അപ്പൊ പറഞ്ഞു പഞ്ചമഹായജ്ഞങ്ങള് ദിവസവും അനുഷ്ഠിക്കണം അത് നിത്യകർമ്മമാണ് പഞ്ചമഹായജ്ഞങ്ങൾ ദിവസവും അനുഷ്ഠിക്കുക അവനവന്റെ അച്ഛനമ്മമാരെ അഥവാ അവരുടെ അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുക മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുക ഇത് രണ്ടും വേണം ഇതാണ് പിതൃയജ്ഞം പിതൃയജ്ഞം ഒരു നിത്യകർമ്മമാണ് ശ്രദ്ധിക്കുക ദിവസവും അല്പമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുക അതിലടങ്ങിയ ആശയങ്ങളെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക അത് നിത്യകർമ്മമാണ് ബ്രഹ്മയജ്ഞം ദിവസവും അല്പമെങ്കിലും ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുകയും ആശയങ്ങളെ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുക എന്നുള്ളത് ബ്രഹ്മയജ്ഞമാണ് അഥവാ ഋഷിയജ്ഞം എന്നും പേരുണ്ട് അത് നിത്യകർമ്മമാണ് ദിവസവും അഗ്നിഹോത്രം ചെയ്യുക ഇരുസന്ധ്യകളിലും അഗ്നിഹോത്രം ചെയ്യുക അഥവാ അവനവന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ഒന്നുപോയി ഉപാസിക്കുക അല്പസമയമെങ്കിലും മന്ത്രജപം നാമജപം തുടങ്ങിയവ ചെയ്യുക നമുക്കാവുന്ന രീതിയിൽ ആവുന്ന രീതിയിൽ മതി ഈ സമാജത്തിലെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കാൻ സേവ ചെയ്യാം ഇന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്താ സാധിക്കുക ചാതു ഒരു നേരത്തെ ഭക്ഷണമാണോ എന്തെങ്കിലും ഔഷധമാണോ ഒരു നല്ല വാക്കാണോ ഒന്ന് പുറം തൊട്ട് തലോടലാണോ വസ്ത്രമാണോ ഇന്നതെന്ന് പറയില്ല എന്താ സാധിക്കുക ചാതു ആരെയും ബോധിപ്പിക്കാനല്ല ആരെയും കാണിക്കണ്ട പക്ഷെ ദിവസവും അല്പമെങ്കിലും ചെയ്തിരിക്കണം സേവാപ്രവർത്തനങ്ങൾ ഇതെല്ലാം ദൈവയജ്ഞമാണ് ദൈവയജ്ഞം നിത്യകർമ്മമാണ് നമ്മളെ വീട്ടിൽ വരുന്ന അതിഥികളെ വേണ്ട വിധത്തിൽ ആദരിച്ച് പൂജിക്കുക അതിഥി പൂജനം അത് മനുഷ്യയജ്ഞം നിത്യകർമ്മമാണ് മനുഷ്യയജ്ഞം ഇത്ര വരെ പറയട്ടെ അവനോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അടുത്ത് ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കണം എന്താ ഉള്ളത് വെച്ചാൽ പങ്കുവയ്ക്കണം നിർബന്ധമാണ് ഇനി നമ്മളൊക്കെ വീടിന് ചുറ്റിപ്പറ്റി പല ജന്തുക്കളുണ്ട് പല ജീവികളുണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവയ്ക്ക് എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാം ഒന്നിനെ ദ്രോഹിക്കരുത് ഒന്നിനെ ഉപദ്രവിക്കരുത് എല്ലാത്തിനെയും സ്നേഹിക്കുക ആർക്കും സാധിക്കും ഭൂതയജ്ഞം നിത്യകർമ്മമാണ് ചുരുക്കി പറഞ്ഞാൽ പിതൃയജ്ഞം ബ്രഹ്മയജ്ഞം ദൈവയജ്ഞം മനുഷ്യയജ്ഞം ഭൂതയജ്ഞം എന്നീ അഞ്ച് മഹായജ്ഞങ്ങളെ ദിവസവും അനുഷ്ഠിക്കണം അത് നിത്യകർമ്മമാണ് ഈ നിത്യകർമ്മങ്ങളുടെ മുഴുവൻ അടിസ്ഥാനമാണ് സത്യം പറയുക എന്നുള്ളത് സത്യത്തിൽ നിന്ന് വ്യതിചരിക്കാതെ ജീവിക്കുക ധർമ്മത്തിൽ നിന്ന് വ്യതിചരിക്കാതെ ജീവിക്കുക സ്വാധ്യായത്തിൽ നിന്ന് വ്യതിചരിക്കാതെ ജീവിക്കുക ഇങ്ങനെ നിത്യകർമ്മങ്ങളെ അനുഷ്ഠിക്കുക നൈമിത്തിക കർമ്മങ്ങൾ നിമിത്തം വരുമ്പോ ചെയ്യേണ്ടതാണ് പല നിമിത്തങ്ങൾ വരുമ്പോ ചെയ്യേണ്ടത് അതെന്തും ചെയ്യേണ്ടതല്ല നിമിത്യകർമ്മം എന്നും ചെയ്യേണ്ടതാണ് അച്ഛന്റെ ശരീരം എടുത്തുകൊണ്ടേ കത്തിക്കണം എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് കത്തിച്ചാൽ പോരെ അല്ല ജീവനുള്ളപ്പോ കത്തിക്കേണ്ട ആവശ്യമില്ല അതെ അച്ഛൻ മരിച്ച ശേഷം മതി നിമിത്തം വരുമ്പോ ചെയ്താൽ മതി അല്ലാണ്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ കുട്ടിക്ക് പേരിടണമെന്ന് പറഞ്ഞാൽ കുട്ടി ഉണ്ടായിട്ട് പേരിട്ടാൽ മതി ഉണ്ടാവണേനു മുമ്പ് പേരിടണ്ട തമാശ പറയാന്ന് ഞാൻ ഇതൊക്കെ നാട്ടിലുള്ള സമതികളായി പറയണത് കുട്ടി ഉണ്ടാവണേനുമ്പ് പേര് ഒന്നും വേണ്ട ഉണ്ടായിട്ടും പേരുണ്ട എന്നാ പറയണത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടിട്ടാൽ മതി കാരണം ജനിച്ചു പറഞ്ഞാൽ ഉണ്ടായി കൊള്ളണമെന്നില്ല ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് പൂർവാചാര്യന്മാര് പറയണത് എന്തായാലും ഒരു പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് പേരിട്ടാൽ പേരിടാൻ പ്രഥമമായ ദിവസം പറഞ്ഞത് പതിനൊന്നാം ദിവസമാണ് അത് കഴിഞ്ഞിട്ടേ പിന്നെ അങ്ങോട്ടുള്ളൂ പതിനൊന്നിനോ ഇരുപത്തെട്ടാം ദിവസോ ഇനി അങ്ങോട്ട് ആറുമാസാകുമ്പോഴോ ഒരു കൊല്ലത്തിനുള്ളിൽ എപ്പോ വാങ്ങിച്ചാൽ പേരിടാം ഒരു കൊല്ലം കഴിയരുത് പേരിടാൻ ഒരു കൊല്ലത്തിനുള്ളിൽ പേരിട്ടോളണം പക്ഷെ പതിനൊന്ന് ദിവസത്തിന് മുമ്പ് പേരിടാൻ ഒരു വിധിയില്ല കാരണം ജനിച്ചത് അങ്ങോട്ട് ഉണ്ടാവുന്ന ഒരു ഏകദേശം ഒരു ധാരണയാവട്ടേ ഇതിനാണത് അത് കഴിഞ്ഞാപ്പോ ഉണ്ടാവുന്ന വെച്ചാൽ ഉറപ്പൊന്നുമില്ല എന്നാലും ഒരു ധാരണ ഉണ്ടല്ലോ അതിനുമുള്ള ലോകം ജീവിക്കണത് അത് എന്നിട്ട് പേരിട്ടാൽ അവന് മുമ്പ് പേരിടുന്നു ഇങ്ങനെ നൈമിത്കങ്ങളായ കർമ്മങ്ങൾ ഉദാഹരണത്തിന് വൈയക്തികമായി കുടുംബപരമായി ചെയ്യേണ്ടുന്ന നൈമിത്തിക കർമ്മങ്ങളുണ്ട് ഷോഡശ സംസ്കാരങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ് ഗർഭാധാനം മുതൽക്ക് ഗർഭാധാനമായാലും പുംസവനമായാലും ശ്രീമന്തോന്നയനമായാലും ഇനി ജാതകർമ്മമായാലും നിഷ്ക്രമണമായാലും അവിടുന്ന് അങ്ങോട്ട് ചൂടാകർമ്മമായാലും അന്നപ്രാശമായാലും നാമകരണമായാലും ഉപനയനമായാലും സമാവർത്തനമായാലും വിവാഹമായാലും വാനപ്രസ്ഥാശ്രമ പ്രവേശമായാലും സന്യാസാശ്രമ പ്രവേശമായാലും ഇനി അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് ദഹിപ്പിക്കുന്നതായാലും എല്ലാം നൈമിത്തിക കർമ്മങ്ങളാണ് ഇതുപോലെ നമ്മൾ സമൂഹത്തിലെ അംഗമായി ജീവിക്കുമ്പം പല നൈമിത്തിക കർമ്മങ്ങളും ആ നിലയ്ക്കുണ്ടാവും കുടുംബപരമായി ചെയ്യേണ്ടുന്നത് ഇപ്പൊ ഗ്രാമക്ഷേത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് അതുപോലെ ചില പ്രത്യേക നിമിത്തങ്ങൾ വരുമ്പോൾ സമാജം എന്നുള്ള രൂപത്തിൽ ചെയ്യേണ്ടത് ഇപ്പൊ ശ്രീകൃഷ്ണന്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ശിവരാത്രി ആയിക്കോട്ടെ നവരാത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രം എന്നുള്ള രൂപത്തിൽ ചെയ്യേണ്ടത് രാഷ്ട്രം മൊത്തത്തിലൊരു പ്രയാസത്തെയോ വേദനയോ നേരിടുമ്പോൾ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നൈമിത്തികങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇതൊക്കെ യഥാസ്ഥാനം മനസ്സിലാക്കി ആചരിക്കണം ശ്രദ്ധിക്കുക എൻലൈറ്റൺമെന്റ് അവസ്ഥ കൈവരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എൻലൈറ്റൺമെന്റിന് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ലൈറ്റ് ഉണ്ടാവണം അല്ലാണ്ട് ഇപ്പം എന്താ ലൈറ്റ് ഉണ്ടാവുക തന്നെ അതിപ്പോ ഏതാ ലൈറ്റ് ഉണ്ടാവുക തന്നെ അതാ നമ്മളിവിടെ ഉപദേശ പഞ്ചകത്തിൽ പഠിക്കണത് അതുകൊണ്ട് ഈ സംശയം നമുക്ക് അവസാനത്തെ അവസ്ഥയ്ക്ക് വെക്കാം ഇപ്പൊ വിസ്തരിച്ച് പറയണില്ല പറഞ്ഞാൽ പിന്നെ ഉപദേശപഞ്ചരത്നം അല്ലെങ്കിൽ സാധനാപഞ്ചകം വ്യാഖ്യാനിക്കുന്നത് ആസ്ഥാനത്താവും അതുകൊണ്ട് ഈ സംശയം എഴുതിയാളുടെ കടദാസ് അതേപടി വയ്ക്കുന്നു അവസാനത്തെ ദിവസം വീണ്ടും നമുക്കിത് ചിന്തിക്കാം ആത്മാന്വേഷണത്തിൽ ഗുരുവിന്റെ പ്രാധാന്യം എന്താണ് ശാസ്ത്രങ്ങൾ ഇന്ന് ധാരാളം വ്യാഖ്യാനങ്ങൾ ലഭ്യമാണല്ലോ വ്യാഖ്യാനങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ പോരെ ധാരാളം മതി ഒരാളൊന്നുമില്ല ഓരോ യുവാവ് ആശ്രമത്തിൽ വന്നു കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാ അപ്പൊ വന്നു അപ്പൊ ഇയാൾ സംസാരിക്കുമ്പോക്കെ കൈ ഇങ്ങനെയാക്കും ഉണ്ടെന്ന് മനസ്സിലാവണം കൈ ഇങ്ങനെയാക്കിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അപ്പോയാൾ പറഞ്ഞു സ്വാമി ഒന്നുമില്ല അത് ശീലമായതാണ് അതുകൊണ്ടന്നൊരു സ്വാമിയുടെ മുമ്പിൽ മാത്രമായിട്ട് ചെയ്യണതല്ല ശീലമായതാ എന്തങ്ങനെ ശീലമാവാൻ കാരണം അപ്പോയാൾ പറഞ്ഞു ഉമ്മത്തെ രണ്ട് പല്ലും പോയതാ ഉമ്മത്തെ രണ്ടു പല്ലും പ്രായമായിട്ടില്ല ചെറുപ്പാണ് ഉമ്മത്തെ രണ്ടു പല്ലും പോയിരിക്കുക ഇതെങ്ങനെയാ പോയത് അത് സ്വാമി മയൂരാസനം ചെയ്യുന്നതാണ് അപ്പൊ എന്ത് ഉണ്ടായി ചെന്നിഷ്ടം പോലെ പുസ്തകങ്ങൾ മാർക്കറ്റിൽ കിട്ടുമേ യോഗം യോഗാസനങ്ങൾ എന്തൊക്കെ പോസ്റ്ററുകളാണ് ചിത്രങ്ങളുണ്ട് ഫോട്ടോകളുണ്ട് ഒക്കെ ഉണ്ട് പല തരത്തിൽപ്പെട്ട ചിത്രങ്ങളുള്ള ഫോട്ടോകളുള്ള വളരെ എക്സ്പ്ലനേറ്ററി നോട്ടുകളോട് കൂടിയിട്ട് യോഗാസനം ചെയ്യാനുള്ള പുസ്തകങ്ങൾ മാർക്കറ്റ് കിട്ടും ഈ പാവം വാങ്ങിയിട്ട് മയൂരാസനം കണ്ട് ചെയ്യാൻ തുടങ്ങി ചെയ്തു ചെയ്തിട്ട് അപ്പൊ ചിത്രമൊക്കെ നോക്കിയൊക്കെ കറക്റ്റായിട്ട് പോസ്റ്റർ ചെയ്തു തെറ്റിപ്പോയി കയ്യെ വീണോ വീണ പോകുമ്പോൾ പലരും രണ്ടും ഇതേ ഉണ്ടായിട്ടില്ല അപ്പൊ ഗുരു വേണോന്ന് ചോദിച്ചാൽ വേണ്ടത് തന്നെ വേണ്ട പറഞ്ഞാൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതിപ്പോ ഇയാൾക്ക് ആസനം ചെയ്തതായതുകൊണ്ട് പല്ലേ പോയിട്ടുള്ളൂ വലിയ കുഴപ്പമില്ല പല്ല് പോയാലും വലിയ കുഴപ്പമില്ല വേറെ വല്ലതാ മുഖിച്ചാലോ അത്യാസമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു ഗുരു ഗുരുനാഥന്റെ സഹായത്തോടും നിർദ്ദേശത്തോടും കൂടി അല്ലാതെ പ്രാണായാമൊക്കെ ചെയ്താലുണ്ടല്ലോ എന്താ അപ്പൊ സംഭവിക്കാന്ന് ആർക്കും പറയാൻ പറ്റില്ല ആസനമൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അതും ഈ മയൂരം ചെയ്തുകൊണ്ട് കേട്ടോ അപകടം പിടിച്ച ആസനങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു ആളെ ഓർമ്മിക്കുകയാണ് നമുക്ക് പൊതുവെ കഥ പറഞ്ഞ സ്വഭാവം ഇല്ല എന്ന് മനസ്സിലായിക്കോളൂ ഇതൊക്കെ ആ ഒരാളെ അദ്ദേഹം ഒരു അധ്യാപകനാണ് സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ് അദ്ദേഹം കുറച്ച് ദിവസം ക്ലാസ്സിൽ വരാണ്ട് പിന്നെ കുറച്ചു കാലം തന്നെ ലോങ് ടേം ലീവായിരുന്നു പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് കക്ഷിയെ കണ്ടപ്പോഴത്തേക്ക് എന്താ വെച്ചാൽ കഴുത്ത് പൊട്ടിയിട്ടാണ് പറഞ്ഞത് കഴുത്ത് പൊട്ടിയിട്ടുള്ള മാത്രം കൈ കൊണ്ട് ഇങ്ങനെയാക്കി കഴിഞ്ഞാൽ ഇത് ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കും പക്ഷെ കൈ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോലും അങ്ങനെയായി അതെ ഇപ്പൊ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ ശീർഷാസനം ചെയ്തതാ വേറെ കുഴപ്പമൊന്നുമില്ല അതെ ഇപ്പൊ എന്തൊക്കെ വെച്ചാൽ തകരാറുണ്ടായപ്പോ ഈ തകരാറൊക്കെ മാറ്റാൻ ആസനങ്ങൾ ചെയ്താൽ മതി നീ അത് കേട്ടിട്ടുണ്ട് അങ്ങനെ പോയിട്ട് ആസനങ്ങൾ ചെയ്തു അപ്പൊ ഇതിൽ ചില ഇതുപോലെയാണ് ഇന്ന കൂട്ടിച്ചേർത്തിട്ടാണേ അപ്പൊ അങ്ങനെയാണല്ലോ പോക്കെ ക്രാഷ് കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ പോ എന്ത് കോഴ്സാണ് ക്രാഷ് അപ്പൊ ക്രാഷ് കോഴ്സുകളൊക്കെയാണ് അപ്പൊ അതിൽ ചില ചില ആസനം പ്ലസ് ഇതിന് പ്ലസ് ഇതിന് പ്ലസ് ഇത്ര പ്രാണായാമം പ്ലസ് ഇങ്ങനെയൊക്കെ അത് പുതിയ പുതിയ ചില വാക്കുകളൊക്കെ ഉണ്ടതിൽ ഈ മോഡ്യൂളിന് ഇത്ര ഫീസ് ഈ മോഡ്യൂളിന് ഇത്ര ഫീസ് പുതിയ പുതിയ പേരുകൾ ഒന്നും പതച്ചിലിക്കൊന്നും ഭഗവാൻ പറഞ്ജലി എന്നൊന്നും പഠിച്ചിട്ടില്ല ഏതായാലും അങ്ങനെയൊക്കെയാ പുതിയ സമ്പ്രദായങ്ങൾ അപ്പൊ അങ്ങനെയായപ്പോ ഇയാൾ രണ്ടു മൂന്നെണ്ണം ചേർന്നൊരു 10. സ്വീകരിച്ചപ്പോ അതിൽ വരുന്നുണ്ടന്ത് ശീർഷാസനം ശീർഷാസനമൊക്കെ എപ്പൊ ചെയ്യേണ്ടതെന്ന് അറിയോ ശീർഷാസനം സർവാങ്കാസനം ഇത് രണ്ടും ചെയ്യേണ്ടത് എപ്പോഴാന്ന് ആദ്യം ചെയ്യേണ്ടതല്ല അതൊക്കെ വളരെയധികം ആസനങ്ങൾ വന്ന് ആസന സ്ഥൈര്യം വന്ന് അതിനുശേഷം ചെയ്യേണ്ട ആസനങ്ങൾ അയപ്പാവത്തിന് അതും അറിയില്ല ഏതായാലും ഒരു ശബ്ദം കേട്ടു കഴിഞ്ഞു കഥ നല്ല കാലത്ത് ഡോക്ടർമാർ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത് അന്ന് ഈ എം ആർ ഐ സ്കാനിംഗ് ഒന്നും വന്നിട്ടില്ല ഈ പറയണ കാലത്ത് എക്സറേ ഒക്കെ തന്നെയുള്ളൂ പക്ഷെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞത് അത്യത്ഭുതാണെന്ന് വിചാരിച്ചോളൂ കാരണം ഈ എല്ല് പൊട്ടിയിട്ടും സുഷിനയ്ക്കൊരു കുഴപ്പവും വന്നിട്ടില്ല അല്ലെങ്കിൽ അപ്പൊ സ്വാധീനമില്ലാണ്ട് കിടക്കേണ്ടതാ സുഷിനയ്ക്കൊരു കുഴപ്പവും വന്നിട്ടില്ല പക്ഷേ കഴുത്ത് പൊട്ടിപ്പോയി പിന്നെ ദീർഘകാലം ജീവിച്ചിരുന്നു അപ്പൊ അതൊക്കെ ഗുരുനാഥൻ ഇല്ലാതെ സൂക്ഷ്മ സാധനകളൊന്നും ചെയ്യരുത് സ്ഥൂല സാധനയ്ക്ക് പോലും ഗുരുനാഥൻ വേണം ഒന്ന് കൈക്കോട്ടെടുത്ത് കളിക്കണമെങ്കിൽ ഗുരു വേണ്ടേ ഒരു കത്തി എടുത്ത് കൂട്ടാൻ കഷ്ണം മുറുക്കണമെങ്കിൽ ഗുരു വേണ്ടേ വേണ്ട വേണം വേണ്ട ഗുരു ഇല്ലാത്ത ഒരാൾ കത്തി എടുത്തിട്ട് കഷ്ണം മുറിക്കുക എന്താ ഉണ്ടാവുക കയ്യാ മുറുക്കിയ കഷ്ണമല്ല മുറുക്കിയ ആവശ്യത്തിലധികം ബലം കൊടുക്കും കഷ്ണം മുറിഞ്ഞ് കയ്യും മുറിഞ്ഞ് പോവായി കത്തി അത് ഇപ്പൊ ഈത്തൊരു വിഷയത്തിലാണിച്ചാലും ഒരു വാഹനം ഓടിക്കണം ഗുരുവണോ വേണ്ട വേണ്ടെന്നാണ് തോന്നിയ അപ്പൊ എന്താ ചെയ്യ അപ്പൊ ഈത്ത് മേഖലയിലായാലും ഇന്ന് നടക്കണമെങ്കിൽ ഗുരു വേണം നമ്മളൊക്കെ നടക്കാൻ പഠിച്ചത് ഒരു ഗുരുവിൽ നിന്നാണ് മറ്റ് ജന്തുക്കൾക്ക് ഇത്രയ്ക്കാണ്ട് കാണുന്നില്ല അവർ നീന്താൻ പോലും അറിയാം അവർക്ക് ഗുരുവില്ലാണ്ട് നീന്തും ഉറുമ്പായാലും നീന്തും ആനായാലും നീന്തും ഇല്ലേ ഒരു ഉറുമ്പ് നീന്തും സുഖമായിട്ട് ഒരായാലും നീന്തും ഒരു ഗുരുനാഥനും വേണ്ട പിന്നെ അതിനിടയ്ക്കുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ മനുഷ്യന് നീന്തണമെങ്കിലും ഗുരു വേണം നടക്കണമെങ്കിലും ഗുരു വേണം ഓടണമെങ്കിലും ഗുരു വേണം എല്ലാത്തിനും ഗുരു വേണം ഗുരു ഇല്ലാതെ ഒരു സ്ഥൂലമായ പരിപാടി പോലും ഇല്ല പിന്നെ അത്യന്ത സൂക്ഷ്മമായ ആത്മാന്വേഷണത്തിന്റെ വിഷയം പറയേണ്ടതുണ്ട് കാരണം ഇത് അതിസൂക്ഷ്മമായ മേഖലയാണ് അല്ല കേവലം പുസ്തകമൊക്കെ വായിച്ച് വ്യാഖ്യാനിച്ച് പഠിച്ച് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുള്ളോ എങ്കിൽ ഗുരു ഒന്നും വേണ്ട പുസ്തകം മതി സ്വയം നല്ലോണം പഠിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചും കൊടുക്കാം വേണമെങ്കിൽ നല്ല വിദ്വാനായിട്ട് ലോകത്തിൽ അറിയപ്പെടാനും സാധിക്കും ഗുരു ഇല്ലാതെ തന്നെ പക്ഷേ സൂക്ഷ്മമായ ആത്മാന്വേഷണത്തിന്റെ മേഖലയിലാണോ എങ്കിൽ ഗുരു കൂടാതെ പറ്റില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശാസ്ത്രജ്ഞ അപ്പി സ്വാതന്ത്ര്യണ ബ്രഹ്മാന്വേഷണം നുര്യാത് ഇതി വിധീയതേ എന്ന് പറയുന്നു ശാസ്ത്രജ്ഞനാണെങ്കിൽ പോലും സ്വാതന്ത്ര്യത്തോടുകൂടി ബ്രഹ്മാന്വേഷണം ചെയ്യരുതേ സൂക്ഷ്മമായ സാധനകളിൽ ഏർപ്പെടരുതേ അവിടെ ഗുരുനാഥന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ വേണം സ്വനുഭൂതി സമ്പന്നനായ ഗുരുനാഥന്റെ നിർദ്ദേശത്തോടുകൂടി മാത്രമേ നീ സൂക്ഷ്മമായ സാധനകളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറയണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗഛേത് എന്ന് പറയുന്നത് ആ പരമസത്യത്തെ അറിയുന്നതിന് വേണ്ടി നീ ഗുരുവെ തന്നെ പ്രാപിക്കണം ഗുരു ഏവ അഭിക എന്റെ അക്കാലത്ത് പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എന്തായിരുന്നു പിന്നെന്തേ അക്കാലത്തൊന്നും വ്യാഖ്യാനം ഉണ്ടാവില്ലേ സ്വാമി വെറുതെ വിചാരിക്കേണ്ട ആ വ്യാഖ്യാനങ്ങളെക്കാൾ പൂർവാചാര്യന്മാർ തന്ന വ്യാഖ്യാനങ്ങളെക്കാൾ കൂടുതലായിട്ട് ഒന്നും വ്യാഖ്യാനിക്കാൻ ുള്ളതാ സത്യം അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടും അവർ പറഞ്ഞു ഗുരുനാഥനിലൂടെ വേണം വിദ്യ ആചാര്യ പ്ലാവിത ആചാര്യനാണ് നമ്മളെ മറുകരയിലേക്ക് കടത്തണത് ആചാര്യദേവ വിദ്യതാ സ്വാധിഷ്ടം പ്രാപത് ആചാര്യനിൽ നിന്ന് അറിയപ്പെടുന്ന വിദ്യ മാത്രമേ ഉറയ്ക്കൂ ആചാര്യവാൻ പുരുഷോ വേദ ആചാര്യനുള്ളവൻ അറിയുന്നു എത്ര വാക്യങ്ങളാണ് അതുകൊണ്ട് ആത്മാന്വേഷണത്തിൽ ഗുരുനാഥൻ നിർബന്ധമാണ് സംശയമില്ല ശാസ്ത്രങ്ങൾക്ക് ഇന്ന് ധാരാളം വ്യാഖ്യാനങ്ങൾ ലഭ്യമാണല്ലോ അത് തന്നെയാ പ്രശ്നം ഒരു വ്യാഖ്യാനമുള്ള വെച്ചാൽ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല ധാരാളം ലഭ്യമാണ് അപ്പൊ ഏതാപ്പതിൽ ശരി ഏതാപ്പ സ്വീകരിക്കേണ്ടത് ഏതാ എനിക്ക് വേണ്ടതെന്ന് മനസ്സിലാവില്ല നോക്കൂ ഇവിടെ നമ്മള് ഗുരു ശിഷ്യൻ അതൊക്കെ പോട്ടെ ഒരു വക്താവ് ശ്രോതാവ് അത്ര മാത്രം കേൾക്കാം പറയുന്ന ആള് കേൾക്കുന്ന ആള് ഇവിടെ കേൾക്കുന്നത് അനേകം പേരാണ് അനേകം വെച്ചാൽ അനേകം ഒന്നല്ലാത്തത് അനേകം പേര് കേൾക്കാനുണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മളെയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു മതി അതൊന്നുമില്ല രണ്ടാളേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നരയാളെ ഉള്ളത് പറഞ്ഞാലും ശരി തന്നെ ഒന്നല്ലാത്തതൊക്കെ അനേകമാണ് ഏകം വിധി അനേകം അപ്പൊ ഒരാളോടാണ് പറയുന്നത് വെച്ചാൽ ശരിയാണ് അത് അയാൾക്ക് വേണ്ടത് മാത്രമായിരിക്കും പറയുക ഒന്നിലധികം ആൾക്കാരോട് പറയുമ്പോൾ ഒരാളെ സംബന്ധിച്ച് വേണ്ടാത്തതും പറയേണ്ടി വരും അപ്പൊ ഇപ്പൊ ഇവിടെ പറയണ കൂട്ടത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്ത് വീട്ടിത്താ ഈ സ്വാമി പറഞ്ഞത് എന്ന് തോന്നിക്കുന്ന വർത്തമാനം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് തന്നെയാ പറയാ എന്തുകൊണ്ടെന്നാൽ ഒരു സദസ്സിൽ സംസാരിക്കുമ്പോ വ്യത്യസ്ത ആൾക്കാരെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഒരു തലത്തിലുള്ള ആൾക്ക് സ്വീകാര്യവും ഉണ്ടാകും അസ്വീകാര്യവും ഉണ്ടാവും അപ്പൊ കേവലം ഒരു വ്യക്തിയോടാണ് പറഞ്ഞുവെച്ചാൽ അയാൾക്ക് തള്ളാനവരൊന്നും ഉണ്ടാവില്ല മുഴുവൻ സ്വീകരിക്കേണ്ടതായിരിക്കും ഒന്നിലധികം വ്യക്തികളോട് പറയുമ്പോ ള്ളണ്ടതും ഉണ്ടാവും കൊള്ളേണ്ടതുണ്ടാവും അപ്പോ സമസ്ത ലോകത്തോടും ലക്ഷ്യമാക്കിക്കൊണ്ട് ആചാര്യന്മാര് പറഞ്ഞ വ്യാഖ്യാനങ്ങൾ അത് നമുക്ക് വേണ്ടതും വേണ്ടാത്തതും എത്ര ഉണ്ടാവും ഏതാപ്പൊ ഞാൻ ചെയ്യേണ്ടത് ഏതാ ചെയ്യരുതാത്തത് ഏതാ എനിക്കുള്ളത് ഏതാ എനിക്കല്ലാത്തത് ഒരു എത്തും പിടിയും കിട്ടില്ല നോക്കൂ സാക്ഷാൽ ഭഗവാനിൽ നിന്ന് തത്വോപദേശം കേട്ടിട്ടും അർജുനൻ ചോദിച്ചു വ്യാമി ശ്രേണേവ വാക്യേന ബുദ്ധിമോഹയ വിശ്രീഭൂതങ്ങളായ വാക്കുകളെ കൊണ്ട് എന്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നണമല്ലോ എന്നിട്ട് ഭഗവാൻ വിസ്തരിച്ചു പറഞ്ഞു എന്നിട്ട് വിസ്തരിക്കാൻ വയ്യ അത്ര വിസ്തരിച്ചു പറഞ്ഞു മൂന്നും നാലും അധ്യായം ആ പാർജുനൻ ചോദിക്കുക ഭഗവാനെ തദേകമ്പത നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്പനുയാം ഒന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ച് പറഞ്ഞു തരൂ ഏതാപ്പൊ എനിക്ക് ശ്രേയാസ്കരം അപ്പൊ നിശ്ചയിച്ചല്ലേ ഭഗവാൻ പറഞ്ഞു തന്നു ഭഗവാൻ നിശ്ചയിച്ചെന്നാ പറഞ്ഞത് അപ്പൊ നേരിട്ട് ഗുരുവിൽ നിന്ന് കേൾക്കുമ്പോൾ പോലും വീണ്ടും വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടാവും ആ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം അപ്പൊ വീണ്ടും സംശയം ഉണ്ടാവും അപ്പൊ വീണ്ടും ഉത്തരം കണ്ടെത്തണം ഇതൊരു നിരന്തര പ്രക്രിയയാണ് ഏതുവരെ സർവ സംശയങ്ങളും ചിഹ്നമാകുന്നത് പിന്നെ ഗുരുവേണ്ട എന്തുകൊണ്ട് പിന്നെ ശിഷ്യൻ ഇന്ത്യ അവിടെ കൃതാർത്ഥതയായി അതുകൊണ്ട് ഈ കൃതാർത്ഥത വരെ ഗുരു ശാസ്ത്ര ഉപദേശ സമ്പ്രദായങ്ങൾ ഒക്കെ വേണം എന്തെങ്കിലൊക്കെ പോരാക്കെ വേണം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് മനസ്സൈവേദമാപ്തവ്യം ഈ പരമസത്യത്തെ നിന്റെ മനസ്സുകൊണ്ട് അറിയേണ്ടതാണ് എന്ന് പറഞ്ഞടത്ത് വേദം ഉപനിഷത്ത് പറഞ്ഞടത്ത് ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു ആചാര്യാഗമ സംസ്കൃതേന മനസ്സാ എന്താ ശ്രുതി പറഞ്ഞേ മനസ്സൈവേദമാപ്തവ്യം മനസ്സുകൊണ്ട് ഇതിനെ അറിയേണ്ടതാണ് മനസ്സുകൊണ്ട് ഇതിനെ അറിയേണ്ടതാണ് എന്നാ പറഞ്ഞത് ഭഗവാൻ ഭാഷ്യകാരൻ അവിടെ അടിവരയിട്ട് പറഞ്ഞു ആചാര്യാഗമ സംസ്കൃതേന മനസ്സ ആചാര്യൻ ആചാര്യൻ ഉപദേശിക്കുന്ന ആഗമം ഇവയാൽ സംസ്കരിക്കപ്പെട്ട മനസ്സുകൊണ്ടറിയേണ്ടതാകുന്നു സൂക്ഷ്മ മേഖലയാവുമ്പോ നിർബന്ധമാണ് ഗുരുനാഥൻ ഏത് മേഖലയിലും അങ്ങനെ ഏത് സൂക്ഷ്മാന്വേഷണത്തിലും ഒരു കാട്ടുവഴിക്ക് സഞ്ചരിക്കുക ആ വഴുക്ക് പോണ സമയത്ത് അതിലൂടെയൊക്കെ ധാരാളം ചരിച്ചു പരിചയമുള്ള പറഞ്ഞു ഇന്നടത്ത് ഒരു ചെറിയൊരു പെട്ടിക്കട ഉണ്ട് അവിടെ നിന്ന് പോയിട്ട് എന്തെങ്കിലും വെള്ളം കുടിച്ചോളൂ കേട്ടോ എന്തെങ്കിലും ഇത് കഴിച്ചോളൂ അവിടുന്ന് അന്ന് ആ ഉപദേശത്തിന്റെ അർത്ഥം മനസ്സിലായില്ല എന്റെ മുന്നിൽ കാണുന്നത് സാമാന്യം വീതിയുള്ള വഴിയാണ് പെട്ടിക്കട കണ്ടു മുന്നിൽ സാമാന്യം വീതിയുള്ള വഴിയുമാണ് പിന്നെ ഇപ്പൊ എന്തിനാ അവിടെ പോയിട്ട് വെള്ളം കുടിക്കണത് എന്തെങ്കിലും കഴിക്കണത് എന്തെങ്കിലും കഴിച്ചാൽ എന്തെങ്കിലും എനിക്കിപ്പോ ആവശ്യമില്ല നേരെ നടന്നു ദൂരം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വഴിയുടെ വീതി കുറഞ്ഞു കുറഞ്ഞു കൊന്നു കൊട്ടും കാട് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഈ വഴി രണ്ട് മൂന്നായി പിരിഞ്ഞു എതിലെയ കോട്ടത് ഇപ്പൊ കുറച്ച് യുക്തി ബോധം ഉണ്ട് എന്നുള്ള അഭിമാനമുള്ള കൂട്ടത്തിലാണ് എനിക്ക് കുറച്ച് യുക്തിബോധം കണ്ട് മാത്രമല്ല ഞാൻ പഠിച്ച ഭൗതിക രീതിയാ പഠിച്ച ശാസ്ത്രങ്ങൾ അക്കാഡമിക്കായിട്ട് പഠിച്ചതൊക്കെ എല്ലാത്തിനെയും യുക്തിപൂർവം അപഗ്രഹിക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്തും യുക്തിപൂർവം വിലയിരുത്തണം അപ്പോൾ എന്റെ യുക്തി അവിടെ പ്രവർത്തിച്ചു എന്താ പ്രവർത്തിച്ചതെന്ന് വെച്ചാൽ ഇതിൽ ഈ നാല് വഴികൾ കാണുന്നതിൽ കൂടുതൽ രീതിയുള്ള വഴി കൂടുതൽ ജനങ്ങൾ നടന്ന് നടപ്പാതെ രൂപപ്പെട്ടിട്ടുള്ള വഴി ഇതായിരിക്കണം വഴി ഇതാണ് യുക്തി അതായിരിക്കുമല്ലോ യുക്തി ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം അല്ല ഇനിയിപ്പൊ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയാ ഉണ്ടായത് ആ വഴിക്ക് നേരെ പോയി ഇരുടായിക്കൊണ്ടിരിക്കുന്നു രാത്രി ആയിട്ടില്ല പക്ഷെ കാടിന്റെ ഇരുടാണ് പോകും തോറും ഒന്നുമല്ല എന്ന് മാത്രമല്ല രൂക്ഷമായ ഗന്ധങ്ങൾ അതീ ഹിംസ്ര ജന്തുക്കളുടെ മൂത്രത്തിന്റെയും മറ്റും രൂക്ഷഗന്ധങ്ങളാണ് വരുന്നത് ഇത് അവര് സഞ്ചരിച്ച് തഴക്കുള്ള വഴിയാണല്ലോ ഭഗവാനെ ഇതല്ലോ വേണ്ടത് തിരിച്ചു പോകുന്ന ബുദ്ധി ഇനി തിരിച്ചു വരണം അവിടെ എന്റെ യുക്തി പ്രവർത്തിക്കും എനിക്ക് തമ്മിൽ നല്ല വഴി ഏതാണോ അതാണ് സ്വീകരിക്കേണ്ടത് ഏ പ്രാവശ്യം പറ്റി അത് പറ്റില്ല നേരെ പോയി വീണ്ടും രണ്ട് മൂന്നാലഞ്ച് നാല് കിലോമീറ്റർ നടന്ന് പെട്ടിക്കടേന്റെ അടുത്തെത്തി ഒരു ചായ കുടിക്കുക ആയിക്കോട്ടെ കുട്ടി എങ്ങട്ടാ പോണത് ഞാൻ ഇന്ന സ്ഥലത്തിക്കാം ആ നേരെ പോകുമ്പോണ്ടല്ലോ മൂന്നാല് വഴി പിരിയണതാണ് അതിൽ വലത്തുപാത്തുള്ള വഴി കൂടെ പോണെട്ടോ ശരി ഈ വെളിച്ചം കൈ പിടിച്ചോളൂ തിരിച്ചു വരുമ്പോൾ തന്നാൽ മതി ആ നാല് റോഡ് കൂടി നാല് റോഡല്ല നാല് നടപ്പാതെ കൂടിയെടുത്ത് എത്തി ഏത് പത്തോടെയാ പോണ്ടേ വലത്തുകൂടെ ഒരു സംശയം എത്തിയ നേരെ നടന്നു എത്തേണ്ട അടുത്ത് എത്തി സുഖം പിറ്റേ നാ വഴിക്ക് ഒരാൾ തിരിച്ചു പോകണ്ട അയാളടുത്ത് കൊടുത്തതായി വിളിച്ചോണ്ണു കൊടുക്കണ കഴിഞ്ഞു അത്രേ പ്രശ്നമുള്ളൂ ദുർവിജ്ഞേയമാണർത്ഥം തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹുവരെ പുരാണം അധ്യാത്മയോഗാധിഗമേന ദം മീരോഹർഷശോകൗ ജാതി എളുപ്പ വഴിയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ദുർദർശമാണ് ഗൂഢമാണ് ഗഹുവരേഷ്ഠമാണ് ഗഹരമായ വിഷമകരമായ സ്ഥാനത്തിൽ നിലകൊള്ളുന്നത് പുരാണമാണ് അതുകൊണ്ട് ആ സത്യത്തെ തേടിയുള്ള യാത്ര അധ്യാത്മയോഗാധിഗമത്തിലൂടെയായിരിക്കണം അധ്യാത്മയോഗത്തിൽ ആദ്യം വരുന്നത് ഗുരുപ്രാപ്തിയാണ് ശ്രവണ മനന നിധിധ്യാസ ലക്ഷണമാണ് ശ്രവണമെന്നുള്ളത് ഗുരുവിൽ നിന്നാണ് അതുകൊണ്ട് എത്ര വ്യാഖ്യാനങ്ങൾ എത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടാവട്ടെ ആത്മാന്വേഷണത്തിന്റെ മാർഗത്തിൽ പോകുന്ന ആൾക്ക് ഗുരു തന്നെ താങ്ങും സംശയമില്ല അല്ല വിഷയങ്ങളൊക്കെ പഠിച്ചാൽ മതി അക്കാഡമിക്കായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രസംഗിക്കുക മറ്റുള്ളവരുടെ മുമ്പ് ഒരു വിദ്വാനായിട്ട് മനസ്സിലാക്കുക പുസ്തകങ്ങൾ എഴുതുക ദക്ഷിണം മേടിക്കുക ഇതൊക്കെ മതിച്ചാൽ ഗുരു ഒന്നും ആവശ്യമില്ല വ്യാഖ്യാനങ്ങൾ പഠിച്ചാൽ മതി അല്ല ആത്മന്വേഷണമാണോ എങ്കിൽ നിർബന്ധമാണ് ഗുരു ഒഴിച്ചുകൂടാൻ പറ്റില്ല ഇതിൽ സംശയമൊന്നുമില്ല ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ുലവേ നമ yeah